ശിഷ്യനും ബുദ്ധിമാന്മാരിൽ വച്ച് ബുദ്ധിമാന്മാരു ബുദ്ധിമാനുമായ ഉദ്ധവരെ വിളിച്ച് ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ ഞാൻ വൃന്ദാവനത്തിൽ നിന്ന് വന്നതിനു ശേഷം എന്റെ അച്ഛനും അമ്മയും എന്റെ വിയോഗത്തിൽ ദുഃഖിക്കുകയാണ് ഞാൻ അവരോട് പറഞ്ഞു തിരിച്ചു വരും എന്ന് പക്ഷേ എനിക്ക് എന്റെ വാക്കുകളൊന്നും സത്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്നിൽ എല്ലാം സമർപ്പിച്ച മനസ്സും ശരീരവും പ്രാണനെയും ശ്വാസത്തെയും സമർപ്പിച്ച ഗോപികമാര് എന്നെ കാണാതെ എന്റെ വിയോഗത്തിൽ ഒരുപക്ഷെ മരിക്കാൻ വരെ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് എന്നെ സ്മരിച്ചിട്ട് അവർ മരിക്കില്ല കാരണം ഞാൻ വരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അൽപ്പപ്രാണകളായ അവരെയൊക്കെ ഒന്ന് പോയി അങ്ങേക്ക് ആശ്വസിപ്പിച്ചുകൂടെ ഉദ്ധവരെ ചോദിച്ചപ്പോ ഉദ്ധവർ പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ഏത് ദൗത്യം ഞാൻ നിറവേറ്റാം പക്ഷേ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കാൻ എനിക്കറിയില്ല അവിടുന്ന് തന്നെ ദൗത്യം തന്നേക്കൂന്നു അങ്ങനെ ഭഗവാൻ പറഞ്ഞു കൊടുത്ത പ്രകാരം പിറ്റേ ദിവസം ഉദ്ധവരാതാ പുറപ്പെടുന്നു വൃന്ദാവനം ഭഗവാൻ പോയതിനു ശേഷം ജീവനില്ലാത്ത മണ്ണ് പോലെ എത്തിർന്നു പശുക്കൾക്കൊന്നും ഉന്മേഷമില്ല വേണുഘാനം കേൾക്കാനില്ല എന്ന് ഭഗവാൻ വൃന്ദാവനം വിട്ടു അന്ന് മുരളി ഉപേക്ഷിച്ചു ഒന്നാണ് ഭഗവാന്റെ മുരളി അവിടെ വെച്ചുപോയി ഭഗവാൻ അത്രമാത്രം വൃന്ദാവനം മുരടിച്ചതായിട്ട് അവർക്ക് തോന്നി കോപികളും ഗോപന്മാരും പശുക്കളും വൃക്ഷങ്ങളും പക്ഷികളും എല്ലാം ഒരു ശവങ്ങളെപ്പോലെ അവിടെ കഴിഞ്ഞുപരെയാണ് ആ മണ്ണിലേക്കാണ് ഉദ്ധവർ ചെല്ലുന്നത് ഉദ്ധവർക്ക് തോന്നി എന്താ ഒരു വിയോഗം ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ചൈതന്യവും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഉദ്ധവരതാ നന്ദഗോപുരുടെയും യശോദാദേവിയുടെയും ഗൃഹത്തിലെത്തിയപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു ഭഗവാനാണ് വന്നിരിക്കുന്നത് കാരണം ഭഗവാൻ ധരിച്ച വസ്ത്രത്തിന്റെ അതേ വസ്ത്രമാണ് പിറ്റേ ദിവസം ഉദ്ധവർ ധരിക്കുക അതുപോലെ ധരിക്കും ഉത്തവർ ഏറെക്കുറെ നിറം കൊണ്ടും രണ്ടുപേരും തുല്യരാണ് പ്രായം കൊണ്ടും തുല്യരാണ് അങ്ങനെയുള്ള ഉദ്ധവരവിടെ എത്തുന്നു പിന്നീട് ഉദ്ധവരാണെന്ന് ധരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഉപചാരങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഉദ്ധവർ ചോദിച്ചു എങ്ങനെയാണ് നന്ദഗോപുരെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ആ ഒരു നിമിഷം ഉദ്ധവര് നോക്കുമ്പോൾ യശോ നന്ദഗോപുരും യശോദാദേവിയും പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ കൃഷ്ണന്റെ സ്മരണയിൽ അങ്ങനെ കരഞ്ഞിരുന്നു ഓരോ ശ്വാസത്തിലും അവർക്ക് കൃഷ്ണനെ മാത്രമേ പറയാനുള്ളൂ കൃഷ്ണൻ ചിരിക്കുന്നത് കൃഷ്ണൻ മുട്ടുപുത്തുന്നത് കൃഷ്ണൻ നടക്കുന്നത് കൃഷ്ണൻ പുഞ്ചിരിക്കുന്നത് ഏതൊരമ്മയ്ക്കും ഉണ്ടാവുമല്ലോ ഫീലിംഗ് ഒക്കെ ഒരു കുട്ടി ചെറിയ കുട്ടിയായിരിക്കും എടുത്തു വളർത്തിയ വികാരങ്ങളൊക്കെ അവരുടെ മനസ്സിൽ പതിയാത്ത മറയാത്ത ചിത്രങ്ങളായിട്ട് പതിഞ്ഞിരിക്കും അതൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞപ്പോ ഉദ്ധവർ പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് സാധാരണ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് പോലെയല്ല കൃഷ്ണനെ പ്രസവിക്കാതെ പ്രസവിച്ചവരല്ലേ നിങ്ങൾ പരമഭാഗ്യമാണ് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മറന്നുപോയത് എന്താ വെച്ചാൽ ആ കൃഷ്ണനെ എടുത്തു വളർത്തുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഇത് ഞങ്ങളുടെ പുത്രനാണെന്ന് പുത്രഭാവത്തിലെടുത്തു വളർത്തി ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കാരണത്താലാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനിഭവതി ഭാരത അഭ്യുത്താനമധർമ്മ തദാത്മാനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേ എന്നീ ഭഗവാന്റെ വാക്കുകളൊക്കെ സത്യമാക്കി തീർക്കാനാണ് ഭഗവാൻ അവതരിച്ചത് അതുകൊണ്ട് ഇനി നിങ്ങൾ ദുഃഖിക്കരുത് കൃഷ്ണനെ കാണേണ്ടത് ഒരു ഗുരുവായിട്ടാണ് പുത്രനായിട്ട് കാണരുത് പറയുന്നു എങ്ങനെ കാണണം കൃഷ്ണനെ ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാദ്രവിനം ത്വമേവ സർവം മമദേവദേവ ഒരു ഗുരുവായി കാണണം അച്ഛനായി കാണണം അമ്മയായി കാണണം സഖാവായി കാണണം സഖിയായി കാണണം എല്ലാമായി കാണാനുള്ളൊരു മനസ്സ് നമുക്ക് ചെറുപ്പത്തിലെ വാർത്തെടുക്കാൻ സാധിച്ചാൽ ആരെല്ലാം കൈവിട്ടാലും ആരൊക്കെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിൽ ഭഗവാൻ മാത്രം നമ്മളെ കൈവിടില്ല പ്രിയം ആ പ്രേമം ദൃഢമായി തരണം അതല്ലേ പ്രഹ്ലാദനിൽ നമ്മൾ കാണുന്നത് അത്രയും ദൃഢമായ ഭക്തി അച്ഛനെ അച്ഛനായി കണ്ടില്ല അച്ഛനെ അച്ഛനെ കണ്ടത് ഭഗവാനിലൂടെയാണ് ഗുരുവിനെ കണ്ടത് ഭഗവാനിലൂടെയാണ് എല്ലാം ഭഗവാനിലൂടെ കണ്ടതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതം ഒരിക്കലും ഒരു തകർച്ചയായി ലേബറയാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞ ആശ്വാസമൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം ഉദ്ധവർക്ക് കാണേണ്ടത് ഗോപികമാരെയാണ് ആ ഉദ്ധവർ നോക്കുമ്പോൾ നിഷ്കളങ്ങളും പവിത്രകളുമായ ഗോപികമാരുടെ ജീവിതം കണ്ട് ഉദ്ധവരെ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഗ്രാമീണരായ ഗോപികൾക്ക് ഇത്രയൊക്കെ ഭക്തി ഉണ്ടാവുന്നു രാവിലെ ഉണർന്നാൽ മുതൽ അവർക്ക് പാടാനുള്ളത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഈ ഭഗവത് പ്രേമത്തിലൂന്നിയൊരു ജീവിതം പശുവിനെ കറക്കാൻ പോകുമ്പോഴും പാല് കൊണ്ടുവരുമ്പോഴും അത് തിളപ്പിക്കുമ്പോഴും കൊടുക്കുമ്പോഴും കുട്ടിയെ കെട്ടുമ്പോഴും അതുപോലെ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോഴും ഭർത്താവിനെ ശുശൂഷിക്കുമ്പോഴെല്ലാം കൃഷ്ണ സ്മരണയിൽ അവർ കഴിഞ്ഞു പറയുകയാണ് ഇന്നിതാ ഗോപികള് ഒരു അനാഥകളെ പോലെ വിധവകളെ പോലെ ആരുമില്ലാത്തവരെ പോലെ ദുഃഖിതകളായിട്ടിരിക്കണോ ഉദ്ധവരങ്ങോട്ട് ചെന്നപ്പോ തെറ്റിദ്ധരിച്ചു ഭഗവാനെ കൊണ്ടുപോകാൻ വന്ന ഭഗവാനെ ആയിരിക്കും ആദ്യം തെറ്റിദ്ധരിച്ചു പിന്നെ മനസ്സിലായി ഇത് വേറൊരു കുരുത്തം കിട്ടവനാ വന്നതെന്ന് വേറൊരു അക്രൂരൻ വന്നിട്ടാണ് ക്രൂരൻ കൊണ്ടുപോയത് ഇനിയിപ്പോ ഇയാൾ എന്തിനാ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് ആരെ കൊണ്ടുപോവാനായിരിക്കൂ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉദ്ധവർ അവിടേക്ക് ചെന്നിട്ട് പറയണത് ഗോപികളെ ഞാൻ കേട്ടിട്ടുണ്ട് കൃഷ്ണനിലൂടെ നിങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ധന്യനാണ് നിങ്ങളെ കാണാൻ സാധിച്ചത് ഉടനെ ഉദ്ധവരോട് ചോദിക്കുകയാണ് ഗോപികൾ അല്ലെങ്കിലും അങ്ങവിടെ വന്നത് അച്ഛനെയും അമ്മയൊക്കെ അന്വേഷിക്കാനാവില്ലേ കൃഷ്ണന് വേറെ ആരാ ഇവിടെയുള്ളത് ഇപ്പോ മധുരയിലെ സ്ത്രീകളുടെ നാഥനായിരിക്കുന്ന കൃഷ്ണൻ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നില്ലേ തങ്ങളുടെ ഒന്നായിട്ട് അവർ കാണുന്നില്ല പറയാണ് എപ്രകാരമാണോ ഒരു പൂവിൽ നിന്ന് തേനെടുത്തുകൊണ്ട് വണ്ടുപോയാൽ പിന്നെ പൂവിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് അതുപോലെ കൃഷ്ണൻ മനസ്സുകൊണ്ട് ഞങ്ങളെയൊക്കെ ചതിച്ചുപോയി ഇനി കൃഷ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് വരില്ല കിട്ടേണ്ടതൊക്കെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞു നേടുന്നതൊക്കെയുള്ള നേടിക്കഴിഞ്ഞു ഞങ്ങൾ വിധവകളായി ഞങ്ങൾ അനാഥരായി ആരുമില്ലാത്തവരായി എന്നൊക്കെ പറഞ്ഞ് പഴങ്ങൾ വീണുപോയ പഴങ്ങൾ പൊഴിഞ്ഞു ഒരു വൃക്ഷത്തിലേക്ക് പക്ഷികളും മൃഗങ്ങളും നോക്കാത്തതുപോലെ ഇനി ഗോപികളായി ഞങ്ങളുടെ അടുത്തേക്ക് ഭഗവാൻ നോക്കില്ല ഈ വേദനയിൽ അവരിങ്ങനെ കരഞ്ഞിരുന്നപ്പോ ഉദ്ധവരെ അവരൊരു വണ്ടായി കണ്ടുകൊണ്ട് അവിടെ വച്ച് ഒരു ഭ്രമരഗീതം പാടുകയാണ് കറുത്തിരിക്കുന്ന ഏ ദൂത നീ കൃഷ്ണന്റെ ദൂതനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുണ്ട് ഞങ്ങളെ പറ്റിച്ചു പോയ നീ എന്തിനാ ഇനിയും ഞങ്ങളെ പറ്റിച്ചു പോയ കൃഷ്ണന്റെ കാര്യങ്ങൾ പറഞ്ഞ് നീ എന്തിനാ ഞങ്ങളെ വേദനിപ്പിക്കുന്നത് ഇനി കൃഷ്ണനെ ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിരുന്നപ്പോ ആ ഉദ്ധവർ അവരുടെ ഭക്തി കണ്ടപ്പോ മനസ്സിലാക്കി ഇത്ര ദൃഢമായ ഭക്തി ലോകത്തിൽ ആർക്കും ഞാൻ കണ്ടിട്ടില്ല ആ ഗോപികളോട് പറയുന്നു നിങ്ങൾ ഭാഗ്യവതികളാണ് ധന്യകളാണ് കാരണം ഇത്ര ദൃഢമായ ഭക്തി നിങ്ങൾക്ക് വന്നുവല്ലോ ഭർത്താവ് ജീവിച്ചിരിക്കേണ്ട മക്കളുണ്ട് എല്ലാം ഉണ്ടായിട്ടും പ്രേമം നിങ്ങളിൽ ദൃഢമാണ് ഭക്തി നിങ്ങളിൽ ദൃഢമാണ് പറയാണ് സാധാരണ ആളുകൾ ഞാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ ചെയ്യണു ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയാണ് പല വഴിപാടുകളും ചെയ്തു നോക്കണു നെയ് നെയ്വിളക്ക് കൊണ്ടുവയ്ക്കണോ എണ്ണ കൊണ്ടു കൊടുക്കണു പലതും മാന കെട്ടിക്കൊടുക്കണു പലതും ചെയ്യണു എന്നിട്ടോ ജീവിതത്തിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അതുപോലെയുണ്ട് എന്തിനാ പിന്നെ ഇതൊക്കെ കൊടുക്കണതെന്നാണ് അവർ ചോദിക്കുന്നത് ബുദ്ധവര് ചോദിക്കുന്നത് നിങ്ങളിതൊന്നും ചെയ്തിട്ടില്ല ഗോപികളെ ആ ഗോപികളുടെ ജീവിതം നോക്കൂ അവരെ എണ്ണയും വെണ്ണയൊന്നും കൊടുത്തിട്ടില്ല ഭഗവാൻ എണ്ണയും അതുപോലെ നെയ് നെയ്വിളക്കൊന്നും വെച്ചിട്ടില്ല അവര് കൊടുത്തിരിക്കുന്നത് അവരുടെ മനസ്സിനെ തന്നെ ഭഗവാന് സമർപ്പിച്ചു എന്നാണ് അതിനെന്ത് വേണം ദൃഷ്ട്യാ പുത്രൻപതിവനാനിച്ച ഹിത്വാ ആവരണീതയോ എം യൽ കൃഷ്ണാക്യം പുരുഷം പരം കൃഷ്ണനെ തന്നെ പരമപുരുഷനായി കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സമർപ്പിച്ചു ഇനി നിങ്ങളൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല പലർക്കും ഇങ്ങനെയൊക്കെ ഒരു ധാരണയുണ്ട് അമ്പലത്തിലൊക്കെ കൊണ്ടു കൊടുത്താൽ ഭക്തി വരുന്ന അതൊക്കെ വേണം ഒരു ക്ഷേത്രം നടക്കാൻ അതൊക്കെ വേണം പക്ഷെ ഭക്തി വരാൻ അതല്ല വേണ്ടത് ഭക്തി വരാൻ വേണ്ടത് മനസ്സിനെ തന്നെ സമർപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ നാളെ കുചേലിനോട് പറയും സുധാമാവിനോട് പറയും എനിക്കെന്താ സുധാമാവെ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വളരെ മനോഹരമായ ശ്ലോകത്തിലൂടെ പറയും പത്രം പുഷ്പം ഫലം തോയം യോമീ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തിപദം അസ്നാവിപ്രേതാത്മന ഒരു തുള്ളി വെള്ളം ഒരു ഇല അല്ലെങ്കിൽ ഒരു ഫലം ഇതൊക്കെ എങ്ങനെ തരണം ഭക്തിയാ പ്രേമത്തോടുകൂടി തരണമെന്നാണ് പ്രേമമില്ലാതെ എന്ത് തന്നിട്ടും കാര്യമൊന്നുമില്ല അപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒന്ന് കൊണ്ടുവച്ചാൽ ഭക്തിയെ ഇതൊന്നും അതൊക്കെ നമ്മുടെ അവിവേകത്തിൽ നമ്മളൊരു യാന്ത്രികതയിൽ ചിന്തിച്ചുണ്ടാക്കുന്നതാണ് എല്ലാവരും ക്ഷേത്രത്തിൽ പലതും കൊണ്ടു കൊടുക്കുന്ന എൻ്റെ വൈകി കിടക്കട്ടെ നൂറിലടുൂന്ന് നൂറ് ലഡു നമ്മൾ കൊണ്ടു കൊടുത്തുകൊണ്ട് ഭക്തിയാവെന്ന് വിചാരിക്കരുത് അങ്ങനെയാണെന്ന് വെച്ചാൽ ബേക്കറിക്കാർക്ക് നല്ലവണ്ണം ഭക്തി ഉണ്ടാവും കാരണം അവരെപ്പോഴും ലെഡു കൊടുക്കുന്നവരാണ് ഈ ധാരണയിൽ നമ്മൾ ഇരിക്കരുത് ഇങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് തരുതുക ഭഗവാന്റെ അടുത്തുനിന്ന് ഭക്തി ഉണ്ടാവണമെങ്കിൽ ഗോപികളുടെ അടുത്തേക്ക് നോക്കൂ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഗോപികളെ ഭഗവാൻ ഒരു സന്ദേശം തന്നിട്ടുണ്ടെന്ന് ആ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ പറയുന്നു നിങ്ങൾ പ്രേമത്തോടുകൂടി എന്നെ സ്മരിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടിട്ടില്ല നിങ്ങളുടെ മനസ്സിന്റെ നാഥനായിട്ടെന്നും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കും ഗോപികളെ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് അതിനുശേഷം ആ ഉദ്ധവർ ഗോപികളെ നോക്കിയപ്പോ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു ഭഗവാനെ ഞങ്ങളെ ഇനിയും പരീക്ഷിക്കരുത് എല്ലാം സമർപ്പിച്ചങ്ങക്കി സമർപ്പിച്ചു കഴിഞ്ഞവരാണ് ഞങ്ങളെ കുയർത്തു ഈ ഗോകുലത്തെ ദുഃഖത്തിൽ നിന്ന് അകറ്റു ഹാ ഹേ നാഥഹീരമാനാഥ വ്രജനാഥാർത്തിനാശന മഗ്ധമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജനാർന്നവൽ ഈ ഗോകുലത്തിനുയർത്തു ഭഗവാനെ എന്ന പ്രേമത്തോടുകൂടി സ്മരിച്ചതും ആ ഉദ്ധമൊരവിടെ വെച്ചിട്ട് പറയാണ് ഇത്രയൊക്കെ കൃഷ്ണവിയോഗത്തിലും നിങ്ങൾ കൃഷ്ണനെ സ്മരിക്കണോ കൃഷ്ണൻ നിങ്ങളുടെ മനസ്സ് കൃഷ്ണനിൽ ലയിച്ചു പോയിരിക്കണോ നിങ്ങൾക്ക് കൃഷ്ണനല്ലാതെ മറ്റു വിചാരങ്ങളേ ഇല്ല ഭഗവത് ഭക്തി നിങ്ങളിൽ സ്വാഭാവികമായി വന്നിരിക്കുന്നു കുടുംബമുണ്ട് ബന്ധങ്ങളുണ്ട് കുട്ടികളുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് എന്നിട്ടും കൃഷ്ണഭക്തി ഇത്ര ദൃഢമായിരിക്കണോ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ബുദ്ധിമാനായ ഉദ്ധവർ പോലും ആ വൃന്ദാവന ഭൂമിയിൽ വെച്ച ആ വൃന്ദാവനത്തിലെ പവിത്രകളായിട്ടുള്ള ഗോപികമാരുടെ പാതണികൾ മണ്ണിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് തന്റെ ശിരസിലിട്ടുകൊണ്ട് പറയുകയാണ് ഈശ്വര ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഈ വൃന്ദാവനത്തിലൊരു പുൽക്കൊടിയായിട്ട് ജനിക്കാൻ എനിക്ക് പ്രയാസമില്ല എന്നിട്ടാ ഉദ്ധവര് മണ്ണെടുത്തിട്ട് തന്റെ ശിരസിലിട്ടുകൊണ്ട് പറയുന്നു വന്ദേ നന്ദവ്രജസ്ത്രീനാംസാം ഹരിഗതോ ഗീതം പുതിഭുവനത്രയം വന്ദേ നന്ദവ്രജസ്ത്രീ പാദരേനു മഭീഷം യാസാം ഹരിഗതോത്ഗീതം പുനതിഭുവനത്രയം പവിത്രകളായിട്ടുള്ള ധന്യങ്ങളായിട്ടുള്ള ഭക്തോത്തമങ്ങളായിട്ടുള്ള ഗോപികമാരുടെ പാദങ്ങൾ പതിഞ്ഞ ഈ പവിത്ര ഭൂമിയിൽ നിന്ന് ഞാൻ അൽപ്പം മണ്ണെടുത്തന്റെ ശിരസലിട്ടിട്ടെന്നെ പരിശുദ്ധീകരിക്കട്ടെ ഭഗവാനെ ആ ഭക്തിയൊക്കെ ഒന്ന് തന്നനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് ഉദ്ധവര് ആ ഭക്തിയുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഗോപികളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഭക്തി ഈ ഭുവനത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ മധുരയിലേക്ക് തിരിച്ചു പോകുമെന്ന് പിറ്റേ ദിവസം ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറയും അവിടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഗോപികമാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉദ്ധവരെത്തുമ്പോൾ ഭഗവാൻ നമുക്കിവിടെ കാണിച്ചു തരുന്നു എന്താണ് ഭക്തി എന്നുള്ളത് പുറമെയുള്ള ഒരു ആചാരമായിട്ടോ ചടങ്ങായിട്ടോ അല്ല ഗോപികമാരുടെ ഭക്തി പൂർണ്ണ പ്രേമ സമർപ്പണമാണത് ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഭഗവാനെ സ്മരിക്കാൻ പ്രേമത്തോട് സ്മരിക്കാൻ സാധിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ കൂടെയുണ്ടെന്നും താൻ ഒറ്റയല്ലെന്നും ഭഗവാൻ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് കൂടെയുണ്ട് എപ്പോഴും എനിക്ക് ധൈര്യം തരുന്നുണ്ട് എപ്പോഴും എനിക്ക് പ്രചോദനം തരുന്നുണ്ട് അതുകൊണ്ട് മരിക്കുന്നത് ഉത്സാഹത്തിൽ മരിക്കുന്നവരെ ആനന്ദത്തിൽ ആവേശത്തിൽ ഞാൻ ജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്നും കൃഷ്ണൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ എനിക്കെവിടെയാണ് ദുഃഖം എന്ന് കുന്തിദേവി പറഞ്ഞതുപോലെ പൂന്താനം പറഞ്ഞതുപോലെയൊക്കെ നമുക്ക് പറയാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പൊ ഈ ഭക്തിയിലേക്ക് വന്നാൽ നമ്മളൊന്നും കരയാനോ ദുഃഖിക്കാനോ അല്പം പോലും ബാധ്യസ്ഥരല്ല നമ്മളിത് അമ്പലത്തിലൊക്കെ പോയിട്ട് ഇത്തിരി ദുഃഖിക്കുന്നു എങ്കിൽ നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ ശരിക്കും ഭഗവാനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എവിടെയാണ് ഞാൻ ഭഗവാനെ വെച്ചിരിക്കുന്നത് ഭഗവാനെ അമ്പലത്തിൽ തന്നെ വെച്ചു അതോ എന്റെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടോ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ദുഃഖിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് നീ ഇത്രയൊക്കെ വിവേകമുള്ളവനായിട്ട് ബുദ്ധിമാനായിട്ട് നീയന്തിനായിരുന്നു കരയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ അർജുനാണ് എനിക്ക് ദുഃഖിക്കാൻ അവകാശമില്ലാണ് ഇത് നമ്മൾ ഭാഗവതം കേൾക്കുന്നവർ ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിലാക്കണം ദുഃഖിക്കാൻ അവകാശമില്ല എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത് പിന്നെ ഞങ്ങൾ എന്ത് സ്വാമി ഇരുന്ന് ദുഃഖിച്ചോളൂ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇത് ദുഃഖിക്കുക തന്നെ ദുഃഖിക്കാൻ അവകാശമില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് ദുഃഖിക്കാൻ അവകാശമില്ല ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല പിന്നെ ദുഃഖമൊക്കെ വരില്ലേ വരും അതതിന്റെ പാട്ടിൽ വരും അത് അതിന്റെ പാട്ടിൽ പോവും പോസ്റ്റ്മാൻ വന്ന് ലെറ്റർ വന്നു കഴിഞ്ഞാൽ എത്ര നേരം വർത്തമാനം പറഞ്ഞിരിക്കും അടുത്ത വീട്ടിൽ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്രകാരം ആ കല്യാണ ലേശം വഴി കൊടുത്തിരിക്കില്ല അവരോ ഗോവിന സംഗീർത്തനം ഗോവിഗോവി ഹരി രാമ ഹരി രാമ രാമ രാമ ഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി ഹരേ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ തിരി അതിനുശേഷം പിന്നീട് ഉദ്ധവരെ തിരിച്ചു വന്നതിന് ശേഷം ഒരിക്കൽ ഭഗവാൻ ഉദ്ധവരെയും കൂട്ടി നേരത്തെ സുന്ദരിയാക്കി മാറ്റിയ കുബ്ജയുടെ വീട്ടിലേക്ക് പോയി അവൾ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് അതിനുശേഷം പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ സ്പർദ്ധ വന്നപ്പോ അക്രൂരായ ചെറിയച്ചനെ പാണ്ഡവൻ കൗരവന്മാരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ഹസ്തിനപുരത്തിലേക്ക് പറഞ്ഞയച്ച് കുന്തി ആശ്വസിപ്പിക്കാൻ പറയാനും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാഗവതത്തിന്റെ ഉത്തരഭാഗത്തിലേക്ക് കടക്കണോ ദശമസ്കന്ധം രണ്ട് ഭാഗങ്ങളാണ് പൂർവഭാഗം ഉത്തരഭാഗം അവിടെയാണ് രുക്മിണി സ്വാമി വരം അപ്പോഴാണ് ആർപ്പും വിളിയൊക്കെ വരുന്നത് നമ്മളവിടേക്ക് കടന്നിരിക്കുന്നു അപ്പോ ആദ്യം തന്നെ ഇവിടെ കഥ പറയുന്നത് ഭഗവാൻ മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് രാജ്യം മാറ്റിയതൊക്കഥയാണ് ജരാസന്ധന്റെ സഹോ പുത്രിമാരായിരുന്നു കംസന്റെ ഭാര്യമാര് വിധവകളായപ്പോ അവര് ജരാസന്ദനോട് ചെന്ന് പറഞ്ഞു കൃഷ്ണനൊരുത്തനാണ് ഞങ്ങളെ വിധവകളാക്കിയത് അതുകൊണ്ട് കൃഷ്ണനോട് പ്രതികാരം ചെയ്യണമെന്ന് പതിനേഴ് വട്ടം ജരാസന്ധൻ സൈന്യങ്ങളുമായി ഭഗവാനോട് ഏറ്റുമുട്ടി ഓരോ പ്രാവശ്യവും ഭഗവാൻ തോൽപ്പിച്ചുകൊണ്ട് പറയും നീ പോയി ജീവിക്കൂ എന്ന് ആ ഒരു കാരുണ്യം നമുക്ക് ഭഗവാനിൽ കാണാൻ സാധിക്കും ഒന്നാമത്തെ പ്രാവശ്യം തന്നെ തലവെട്ടി കളഞ്ഞാൽ മതിയിരുന്നു പക്ഷേ ഭഗവാൻ ചെയ്തില്ലേ അറിയാം അങ്ങനെ പതിനേഴ് വട്ടം ഒരാൾക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞാൽ നമ്മൾ തന്നെ മൂന്ന് വട്ടം പറയാൻ നമുക്ക് ദേഷ്യം വരും വീട്ടിലൊക്കെ പറയാണ്ടല്ലോ നീ മൂന്ന് നിന്നോട് ഞാൻ പറയുന്നു ചെയ്തോളൂ എന്ന് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇരിറ്റേഷൻ വരും ഭഗവാൻ പതിനേഴ് വട്ടം മാപ്പു കൊടുത്തു തന്നെ അങ്ങനെ പതിനേഴ് വട്ടം മാപ്പു കൊടുത്ത ഭഗവാൻ അപ്പോഴേക്കും മനസ്സിലാക്കിനി ദ്വാരക നമുക്ക് അല്ലെ മധുര നമുക്ക് പറ്റിയ സ്ഥലമല്ല കടലിനോട് ചേർന്നിട്ടുള്ള ഗുജറാത്തിന്റെ തീരത്തോട് ചേർന്നിട്ടുള്ള ദ്വാരകയിലേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിക്കൊണ്ട് ഗംഭീരമായ കൊട്ടാരങ്ങളും മറ്റും പണിതുകൊണ്ട് അവിടെ സ്വധാമ എന്ന് പറയുന്ന മനോഹരമായ കൊട്ടാരം പണിതുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അവസാനം ഭഗവാൻ പോവാൻ നിൽക്കുമ്പോൾ നിരാസന്ദൻ പതിനെട്ടാമത്തെ വട്ടം യുദ്ധത്തിന് വന്നു അപ്പം നോക്കാം അയാളുടെ തൊലിക്കെട്ടി എത്ര ഉണ്ടെന്ന് പതിനേഴ് വട്ടം തോറ്റിട്ട് അയാൾ ഉശിരോടുകൂടി വരുന്നത് അന്ന് അയാൾക്ക് ഒറ്റയ്ക്ക് വരാനുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല അയാൾ മറ്റൊരു രാജാവിനെ കൂട്ടി അയാളുടെ പേരായിരുന്നു യവനൻ അയാൾ കാലയവനനെയും കൊണ്ട് ഭഗവാനുമായി ഏറ്റുമുട്ടാൻ മൂന്ന് കോടി സൈന്യങ്ങളെ കൊണ്ടുവന്നു വന്നു അപ്പം അന്നൊക്കെ മിലിറ്ററിയിലൊക്കെ നല്ല റിക്രൂട്ട്മെന്റ് ഉള്ള സ്ഥലമാണ് സമയമാണ് അങ്ങനെ അവരൊക്കെ കൊണ്ടുവന്ന് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ ആളുകളില്ലേ ഭഗവാന്റെ കൂടെ ഭഗവാൻ ജീവിതത്തിലാദ്യമായിട്ട് ഒരു ധീരുവിനെ പോലെ ഓടുകയാണ് അങ്ങനെ ഭീരുവിനെ പോലെ ആ ഓടുന്ന രംഗം നമുക്ക് ഈ കല്യാണത്തിന് ശേഷം നോക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഹരേ രാമഹരി രാമ രാമ രാമഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി മ രാമ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരി രാമ ഹരി രാമ രാമ രാമ ഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ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 മ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി ഹരേ ഹരി മ രാ ഹരി ഹ ൃഷ്ണരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം ഒരു പത്ത് മിനിറ്റ് ക്ഷമിക്കുക കല്യാണത്തിന് ആയിട്ടില്ല കല്യാണത്തിന് ബ്രോക്കറ് വന്നിട്ടില്ല ഇപ്പൊ ബ്രോക്കറ് വന്നല്ലേ കല്യാണം നടക്കുന്നു ആ അതെ ശാപാടായിട്ടില്ല അതുകൊണ്ടെല്ലാവരും ഇപ്പൊ മുഹൂർത്തമൊക്കെ നോക്കുന്നത് ആൾക്കനുസരിച്ചില്ല ബ്രോക്കർ വന്നിട്ടുണ്ടോ അതുപോലെ ഫോൺ കോളുകളൊക്കെ വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഏതായാലും രണ്ടുപേരും തയ്യാറാണ് നമ്മൾ കല്യാണം കഴിപ്പിക്കാം അങ്ങനെ ഭഗവാൻ ഒരു ഭീരുവിനെ പോലെ ഓടാൻ തുടങ്ങി പുറകിൽ യവനൻ കുട്ടികളൊക്കെ അടങ്ങിയിരിക്കണേ വാളൊന്നും വെക്കരുത് നിങ്ങൾ ഇടയ്ക്ക് ഓടുന്നു ചെയ്യരുത് കാരണം അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടൊക്കെ ശ്രദ്ധിക്കല്ലാവരും അവിടെ പുറകിൽ നിൽക്കുന്നവരൊക്കെ ഇരുന്നാൽ വളരെ സന്തോഷമായിരിക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ഷമയില്ല തോന്നി ഞങ്ങൾ വേഗം കല്യാണം നടത്തും ക്ഷമ വേണം കല്യാണത്തിന് പൊതുവെ നമുക്ക് എല്ലാറ്റിനും കല്യാണത്തിന് മാത്രം ക്ഷമയില്ല അപ്പോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഓടാൻ തുടങ്ങി ഭീരുവിനെ പോലെ ഓടി ഭഗവാൻ ഒരു ഗുഹയിലേക്ക് ഓടിച്ചു പുറകിൽ യവനനും പുറകോട്ടോടി ഭഗവാനെ പിടിക്കാനായിട്ട് ഗുഹയിലൊളിച്ച ഭഗവാൻ ഗുഹയിലൊളിച്ച ഭഗവാൻ അവിടെ മാറി നിന്നപ്പോൾ യവനൻ വിചാരിച്ചു ഭഗവാൻ ഗുഹയിൽ കിടക്കുകയാണെന്ന് അപ്പൊ ഗുഹയിൽ ഒരുത്തങ്ങനെ കിടക്കുണ്ടായിരുന്നു കിടക്കുന്നത് ഭഗവാനാണെന്ന് തെറ്റിദ്ധരിച്ച് ആഞ്ഞൂങ്ങി ഒരൊറ്റ ചവിട്ട് കൊടുത്തു ചവിട്ടി എളീറ്റ് നോക്കി കാണുന്നത് അത് ഭഗവാനായിരുന്നില്ലേ വേറൊരാളായിരുന്നു അയാൾ കൊടുത്തൊരു ശാപം നീ കത്തി ഭസ്മാവട്ടെ യവനൻ നിന്ന് കത്തി യവൻ കത്തുന്ന ആ ഒരു വെളിച്ചത്തിൽ കത്തിച്ചാണ് ഭഗവാന്റെ രൂപം കണ്ട് ചോദിച്ചു അവിടുന്ന് ഭഗവാൻ ചോദിച്ചു അങ് ആരാണെന്ന് പറഞ്ഞു ഞാൻ മുജുകുന്ദൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണെന്ന് അല്ല ഇതെന്താ ഈ ഗുഹയിലൊക്കെ വന്ന് ഞാൻ പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനെ സഹായിക്കാൻ പോയിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ ദേവേന്ദ്രനോട് ചോദിച്ചു ഇവിടെ താമസിക്കണോ കുറച്ചു ദിവസം ഒന്നും അപ്പൊ ഞാനിവിടെ ചക്രവർത്തിയായിട്ട് ജീവിച്ചാൽ എനിക്ക് ഫൈവ് സ്റ്റാർ വലിയ കാര്യമൊന്നുമില്ല അതിനും സൂപ്പർ സ്റ്റാറിൽ ജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞു അതിനൊരു വരം തരണമെന്ന് പറയുന്ന ഒരു വരം തരാം ആര് ഉറക്കത്തിൽ അങ്ങേ ഡിസ്റ്റേബ് ചെയ്യുന്നു അവർ കത്തി ഭസ്മാവുന്നു ഓ അതിനാണ് ഇവിടെ വന്ന് കിടക്കണമെന്ന് അങ്ങേക്ക് കൊട്ടാരത്തിൽ പോയി കടക്കായിരുന്നില്ല അങ്ങേക്ക് അറിയാലോ കൊട്ടാരത്തിൽ പോയി കടന്ന ആരാ എന്നെ വിളിക്കുക എന്നുള്ളത് എന്തിനാ അവിടെ കത്തിച്ച് ഭസ്മാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കടന്നു ശരി അവിടുന്ന് ആരാ ഭഗവാനോട് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്നെ പരിചയപ്പെടുത്തൽ വലിയ ബുദ്ധിമുട്ടാ കാരണം ചിലര് നാരായണെന്ന് വിളിക്കും കേശവെന്ന് വിളിക്കും മാധവെന്ന് വിളിക്കും ചിലര് ഭക്തി കൂടുമ്പോൾ ഗുരുവായപ്പാന്നുറക്കെ വിളിക്കും ഭക്തി കുറയുമ്പം ഹരേ കൃഷ്ണ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കും ഇങ്ങനെ പല പല പേരിൽ തന്നെ വിളിക്കാറുണ്ട് ഇത് കേട്ടപ്പോ മുജുകുന്ദന് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന് കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിച്ചപ്പോ ഭഗവാൻ ചോദിച്ചു അങ്ങേക്ക് എന്താ വരം വേണ്ടതെന്ന് അപ്പൊ ചോദിക്കുന്ന ഒരു വരമുണ്ട് ഭഗവാനെ ജീവിതത്തിലൊരു വരം തരികയാണെങ്കിൽ അതെന്തായിരിക്കണം ഈ ലോകത്തിൽ ഏറ്റവും അത്യഭൂമായൊരു വരെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഭഗവാനെ ഭവാപവർഗോ ബ്രമദായതാപി ജനസ്യതർതമാഗമ സൽസംഗമോയർ തൈവ സൽഗതോ പരാവരേശേയ ഭഗവത് പ്രേമമാകുന്ന സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഒരുപക്ഷെ പണത്തിനേക്കാളും വലുത് ഒരുപക്ഷെ അധികാരങ്ങളെക്കാളും വലുത് സ്നേഹമെന്നൊരു വികാരമാണ് കാണുന്നില്ലേ നമ്മളിന്ന് കോടീശ്വരന്മാരായ റിലയൻസ് ഗ്രൂപ്പുകാർ ജ്യേഷ്ഠ അനേനോ എല്ലാ പണവും ഉണ്ട് പ്രഥാവമുണ്ട് പക്ഷെ സ്നേഹമില്ല സഹോദരന്മാര് നമ്മളെന്നും വിദ്വേഷത്തിലാണ് ഉറക്കങ്ങളില്ല ഉറക്കമില്ലാത്ത രാത്രികൾ ഇതുണ്ടായിട്ട് എന്താ കാര്യം എല്ലാം ഉണ്ട് വീട്ടില് പക്ഷെ ഉറക്കമില്ല അതിന് ഗുളിക കഴിക്കണമെന്ന് വെച്ചാൽ പിന്നെന്താ ചെയ്യുക ആകെയുള്ളത് ഉറക്കാണ് മനുഷ്യന് സുഖം ജീവിതത്തിൽ അതും മര്യാദയ്ക്കില്ലെങ്കിൽ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് ഭഗവത് പ്രേമത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഭഗവത് പ്രേമം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് സൽസംഗമാണ് വേണ്ടത് അതുകൊണ്ട് ഭഗവാനെ എനിക്ക് നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് അതായിരിക്കണം എന്റെ സമ്പത്ത് പ്രിയാണ് ജീവിതത്തിൽ ആരും തകരാൻ കാരണം തളരാൻ കാരണം അവനവൻ സമ്പർക്കം ചെയ്യുന്ന കൂട്ടുകെട്ടാണ് എത്ര നല്ല വ്യക്തിയായാലും കൂട്ടുകെട്ട് തെറ്റാണെങ്കിൽ അയാൾ തകർന്നു പോകുന്നവരെയാണ് കർണൻ ഗംഭീരനായിരുന്നു മരിക്കുന്നത് വരെ ദാനം ചെയ്ത് ഉത്കൃഷ്ടനായിരുന്നു കർണൻ ഒരിക്കൽ കർണൻ ഇടതുകൈ കൊണ്ട് ദാനം കൊടുക്കും ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ചോദിക്കും കർണ ഒരിക്കലും ഇടതുകൈ കൊണ്ട് ദാനം കൊടുക്കരുത് വലത് കൈ കൊണ്ട് ദാനം ചെയ്യണം ആ ഭഗവാനെ കർണൻ പഠിപ്പിക്കുകയാണ് ഭഗവാനോട് പറയും ഭഗവാനെ എനിക്ക് അറിയാനിട്ടില്ല പക്ഷേ എന്റെ ഒരു സിദ്ധാന്തമെന്ന നിയമം എന്താണെന്ന് വെച്ചാൽ ഇടതുകൈ കൊടുക്കുന്ന ദാനം വലതുകൈ പോലും അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഇത്രമാത്രം ദാനത്തിന്റെ സംസ്കാരത്തിൽ ഉയർന്ന കർണൻ സ്വന്തം ഭാര്യയായി തീരേണ്ട പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൽ കൂട്ടുനിൽക്കുന്നു അതുപോലെ കള്ളച്ചൂതിന് കൂട്ടുനിൽക്കുന്നു എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നു കാരണം ദുര്യോധനമായിട്ടുള്ള കൂട്ടുകെട്ട് പ്രിയാണ് ഇതുപോലെ നിങ്ങൾക്ക് കാണാം പല മഹാത്മാക്കളും മഹാഭാരതത്തിലേക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കൂട്ടുകെട്ട് തെറ്റുമ്പോൾ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്നത് ശരിക്കും രാവണൻ നല്ലൊരു തപസ്സിയായിരുന്നു പക്ഷെ കൂട്ടുകെട്ട് ശരിയായിരുന്നില്ലേ പറയാനുള്ള മാരീജനോടും അതുപോലുള്ള ആളുകളോടൊക്കെയുള്ള കൂട്ടുകെട്ട് കൊണ്ട് അദ്ദേഹത്തിന് സീതയെ അപഹരിക്കാനാണ് തോന്നിയത് സീതയെ ധ്യാനിക്കാനല്ല തോന്നിയത് ശരണം പ്രാപിക്കാനല്ല തോന്നിയത് ഇതുപോലെ ശക്തന്മാരായിട്ടുള്ള ഭാര്യ കൂട്ടുകെട്ട് തെറ്റുന്നതുകൊണ്ട് തകർന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ ഏത് കൂട്ടുകെട്ടിൽ ജീവിക്കുന്നു എന്നത് മുഖ്യമാണ് വാസ്തവത്തിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ക്രൈം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ നോക്കൂ ഏത് മർഡർ കേസായാലും ഏത് മോഷണ കേസായാലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളായിരിക്കും അതൊരു ക്രിമിനലുകളായിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അതുപോലെ പെൺകുട്ടികൾ പ്രോസിക്യൂഷൻ എന്നും പത്രത്തിൽ തന്നെ വരുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഏത് ആളുകളുമായി കൂട്ടുകൂടുന്നു എന്നതിനനുസരിച്ചായിരിക്കും ജീവിതത്തിന്റെ അനുഭവങ്ങൾ പിന്നീട് തകരുമ്പോ തളരുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്തൊരു ജീവിതം അത് പിന്നെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനെങ്ങനെ മറികടക്കാൻ സാധിക്കും സൽസംഗമേവ നല്ലവരുമായി കൂട്ടുകൂട്ട് അതെങ്ങനെ കിട്ടും നല്ലവരെ ഈ ലോകത്തിൽ ആരെയും കിട്ടിയിട്ടില്ലെങ്കിലും ഭാഗവതം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ വായിക്കും രാമായണമൊക്കെ വായിക്കണം ഭഗവത്ഗീത വായിക്കണം ഗാന്ധിജിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഭഗവത്ഗീതയെ അമ്മയായി കൊണ്ടു അതുപോലെ പരീക്ഷിത് രാജാവിന്റെ മുന്നിൽ ഭാഗവതം ഒരമ്മയായി തീർന്നു ഇങ്ങനെ എത്രയോ എത്രയോ മഹാത്മാക്കൾക്ക് പ്രചോദനം കിട്ടിയത് നമ്മുടെ ഓരോരുത്തരുടെയും ശാസ്ത്ര നമ്മുടെ ഇവിടെ ഭാരതത്തിലെ ശാസ്ത്രങ്ങളിൽ നിന്നാണ് നമുക്കതൊക്കെ കൊണ്ടുനടക്കാൻ സാധിക്കണം ജീവിതത്തിൽ ഇന്നത് സാധിക്കണം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയിട്ടൊക്കെ വായിക്കാൻ സാധിക്കണം അപ്പോൾ നമുക്ക് കാണാം കൌരവന്മാരുടെ പക്ഷത്തിൽ ഇരുന്നിട്ടും ഭീഷമാചാര്യം തളർന്നു പോവാത്തതിന് കാരണം മനസ്സുകൊണ്ട് ഭഗവത് കൂട്ടുകെട്ടിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുപരിയാണ് അങ്ങനെയൊരു കൂട്ടുകെട്ട് ഇതാ എനിക്ക് തന്നനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നീട് ശ്രീശുഖ ബ്രഹ്മഷി ബലരാമസ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു ഉടനെ ഭഗവാൻ അർജുൻ ഭഗവാൻ പരീക്ഷത്ത് ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ച് രുക്മിണീ ദേവിയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ശ്രീശുഖ ബ്രഹ്മഷിയോട് ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാൻ ഭഗവാൻ രാക്ഷസവിധി പ്രകാരം കല്യാണം കഴിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രാക്ഷസവിധി പ്രകാരം ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കഥയൊന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു ഭഗവാന്റെ കല്യാണാണെങ്കിലോ അത് നിത്യനൂതനമാണ് എന്നും പുതുമയുള്ളതാണ് അതുകൊണ്ട് ആ കഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് ആ കഥയിലേക്ക് കിടക്കുകയാണ് ഒരുപക്ഷേ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ രചിക്കുന്ന സമയത്ത് വ്യാസമാഷി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഭഗവാൻ കൃഷ്ണന്റെ വിവാഹം എന്നും നടക്കുന്നു നിത്യനൂതനമായിരിക്കുന്നു ഇന്ന് ഭാരതത്തിലേക്ക് നമ്മൾ നോക്കണമെങ്കിൽ എന്തിനേറെ ഭാരതത്തിൽ നിങ്ങൾ ലോകത്തിലേക്കെ നോക്കൂ ഇന്ന് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും വിദേശങ്ങളിലൊക്കെ ഭാഗവത സപ്താഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഷയിലും സപ്താഹങ്ങളില്ലാത്തൊരു ദിവസം പോലും ഇന്ന് ഭാരതത്തിലില്ല അത്രയും സപ്താഹങ്ങൾ എല്ലാ ദിക്കിലും നടക്കുന്നുണ്ട് മധുരയിൽ നിങ്ങൾ വൃന്ദാവനത്തിൽ പോയാൽ സപ്താഹങ്ങളില്ലാത്ത ദിവസമില്ല എന്നും വിവാഹം നടക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്യാണം ഭഗവാനും സദ്യ നമുക്കൊക്കെയാണ് ഭഗവാൻ സദ്യീകരിക്കാനില്ല അത് നമുക്ക് പറഞ്ഞതാണ് അങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരു ഭഗവാൻ ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉണ്ടാവണം വേറൊരു അവതാരമൂർത്തി ഉണ്ടാവില്ല അതുകൊണ്ട് ആ കഥിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ശേശുഖ ബ്രഹ്മക്ഷി കഥയിലേക്ക് കിടക്കുകയാണ് അങ്ങ് കേട്ടിട്ടുണ്ടാവും പണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം അവിടുത്തെ ചക്രവർത്തിയായിരുന്നു വിദർഭാധിപതിയായ ഭീഷ്മകൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു രുക്മ്യഗ്രജൻ രുക്മമാലി രുക്മകേശി രുക്മ രുക്മകേശൻ രുക്മമാലി രു തുടങ്ങിയിട്ടുള്ള മക്കൾ പിന്നെ രുക്മിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അഞ്ച് ആൺമക്കൾ കുരുത്തം എന്ന് വെച്ചാൽ അസത്തുക്കളായിരുന്നു എന്നാൽ ഈ പെൺകുട്ടി ചെറുപ്പത്തിലെ വളരെ അനുസരണശീലയുള്ള ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയായിരുന്നു വീട്ടിൽ ആര് വന്നാലും സൽസംഗങ്ങളൊക്കെ ചെയ്ത് ഈ പെൺകുട്ടി മുന്നോട്ട് പോയിരിക്കും അതൊക്കെ കേൾക്കും പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഭഗവത് കഥകൾ കേൾക്കാൻ വളരെയധികം ഔത്സുഖ്യമുണ്ടായി അങ്ങനെ ആ കുട്ടിക്ക് ചെറുപ്പത്തിലെ മനസ്സിലായി ഭഗവാൻ കൃഷ്ണരൂപത്തിൽ ഇവിടെ ലീലയാടാൻ വന്നിരിക്കുന്നു എങ്ങനെയോ ആ കുട്ടിയുടെ മനസ്സ് കൃഷ്ണനിൽ അനുരക്തയായി ഭഗവാനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു പ്രേമിച്ചു മനസ്സുകൊ വിവാഹം വരെ കഴിച്ചു എന്നിട്ട് മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്തു ഈ ജീവിതത്തിൽ കൃഷ്ണനെയല്ലാതെ ഞാൻ ആരെയും സ്പർശിക്ക പോലുമില്ല ഇത് സത്യം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് കുട്ടി വളർന്നു കന്നിക കല്യാണപ്രായമായപ്പോ അച്ഛനും അമ്മയ്ക്കും പിന്നെ ടെൻഷനായല്ലോ വേഗം കെട്ടിച്ചു കൊടുക്കണം ഇന്നത്തെ കാലത്ത് വേഗം അതൊക്കെ ചിന്തിക്കണം കാരണം കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ അവരും വല്ലവരുടെയും കൂടെ പോവും ഇവിടെ നിന്നൊക്കെ അച്ഛനും അമ്മയും മക്കളെ അമേരിക്കയിലേക്കൊക്കെ ഹയർ സ്റ്റഡീസിന് ഒരു ദിവസം കത്തുവരും വി സീക്ക് യുവർ സോ പ്ലീസ് ബ്ലസ് അസ് അസ്നോ What is this? Now, we fixed our marriage, അപ്പൊ പുറത്ത് താഴെഴുതിയിട്ടുണ്ടാവും വി ഫിക്സഡ് അവർ മാരേജ് സച്ച് ആൻഡ് സച്ച് ഡേറ്റ് യു നീഡ് നോട്ട് കം വിൽ ഡു ആൾ ദ അറേഞ്ച്മെന്റ്സ് പ്ലീസ് സെൻഡ് യുവർ ബ്ലെസ്സിംഗ്സ് ഇതാ കിടക്കണോ അച്ഛനും അമ്മി എത്ര എത്ര കുടുംബങ്ങളാണ് അങ്ങനെ കിടക്കുന്നത് അതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് പിന്നെ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കണം മോളെ വല്ലവരുണ്ടോ നിന്റെ മനസ്സിൽ എന്ന് അവളവർ ഏ ഒന്നുമില്ല ഒന്നുമില്ല അച്ഛനൊന്നും വിചാരിക്കേണ്ട അമ്മിയൊന്നും ഏ ഇരിക്കാൻ അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല എന്നാൽ ഞങ്ങൾ അന്വേഷിക്കട്ടെ അതും വേണ്ടാന്ന് പാവം എന്നിട്ട് ഒരു ദിവസം അന്വേഷിക്കുന്ന കാര്യം നടക്കുമ്പോൾ ഒക്കെ നോക്കുമ്പോഴാണ് അവൾ പറയാ ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് ഇങ്ങനെ എത്ര കുടുംബങ്ങൾ അതുകൊണ്ട് അന്ന് അങ്ങനെ ആയിരുന്നില്ല കാരണവുമാരെ നമ്മൾ ചോദിക്കും ഒരുപക്ഷേ ഇവിടെ കല്യാണം കഴിച്ചവരിൽ പലരും ഭർത്താവിനെയും ഭാര്യയും നേരിട്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇങ്ങനെയാണല്ലേ എന്നുള്ളത് അങ്ങനെ പലരും പെണ്ണൊക്കെ അങ്ങനെ കാണുക അറിയും കൂടിയില്ലേ കല്യാണം കഴിക്കാമോ പെണ്ണായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രേ ഒരു ആരാവും എന്താണെന്നുള്ളത് പൂർവികന്മാർക്കറിയാം അവരെന്ന സംസ്കാരം നോക്കിയിട്ടായിരുന്നു വിവാഹം കഴിച്ചു നോക്കിയത് അല്ലാതെ ആളുടെ സൗന്ദര്യവും ക്വാളിഫിക്കേഷനും കഴിവും പണമൊന്നും ആയിരുന്നില്ല എന്നിപ്പൊക്കെ മാറിപ്പോട്ടെ ഏതായാലും ഭഗവാനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് ആ കുട്ടിയുടെ വികാരം ആരും മനസ്സിലാക്കിയില്ല അച്ഛനും മറ്റൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് ആലോചിച്ചു അച്ഛനും മോഹം കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഭഗവാന് തന്നെ കൊടുക്കണമെന്നാണ് പക്ഷേ സഹോദരന്മാർക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പാഞ്ചാല രാജാവിനും വിതർമ്മ രാജാവായത് വിദർഭരാജാവായ പാഞ്ചാലന് സോറി വിദർഭരാജാവായ ഭീഷ്മകന് അധികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മൂത്ത മകനായ രുഗ്മിയായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചത് ഭീഷ്മകനോട് പറഞ്ഞു അച്ഛ അച്ഛൻ കാര്യങ്ങൾ നോക്കണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം സഹോദരിയുടെ കല്യാണെന്ന് പറഞ്ഞു മോളെ അവൾക്ക് മോനെ അവൾക്കിഷ്ടം കൃഷ്ണനെയാണല്ലോ ഒപ്പം ഭഗവാനല്ലേ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് ഞാൻ കൊടുക്കില്ല കൃഷ്ണന് എന്റെ സഹോദരിയെ കൊടുക്കില്ല അതെന്തടാ അങ്ങനെയെന്ന് അയാൾക്കെന്താ ക്വാളിഫിക്കേഷൻ ഉള്ളത് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ യോഗ്യത അതെന്താ അയാൾക്ക് ഇല്ലാത്തത് ചെറുപ്പത്തിൽ പശുവിനെ കൊണ്ടു നടന്നുള്ളൊരു യോഗ്യതയാണോ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരി കല്യാണം കഴിച്ച യോഗ്യത എന്തൊക്കെയാണ് ഈ അതിയൊന്നുമില്ല പശുവിനെ കൊണ്ടു നടന്നിട്ടുണ്ട് തൊഴുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ പാല് കട്ടെടുത്തിട്ടുണ്ട് വെണ്ണ കട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലുതായപ്പോ ഗോപികുമാരുടെ വസ്ത്രം എടുത്തു മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രാത്രിയിൽ അവരുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് സ്വന്തം അമ്മാവിന്റെ നെഞ്ചത്തുകറി കൊന്നിട്ടുണ്ട് ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റും ഒരാളുടെ യോഗ്യതയായിട്ട് ഞാൻ കൊടുക്കില്ല എന്റെ സഹോദരിയെന്ന് അതുകൊണ്ട് നീ പാർക്കെ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ എന്റെ പ്രിയ സുഹൃത്തായ ശിശുപാലനാണ് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അയാളുടെ യോഗ്യത എന്താണ് അയാളുടെ ചക്രവർത്തിയാണ് പിന്നെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അത്രയേ ഉള്ളൂ അത് വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞ കാര്യമാണ് അങ്ങനെ ശിശുപാലനുമായിട്ടുള്ള കല്യാണം ജ്യേഷ്ഠൻ നിശ്ചയിച്ചു കത്തൊക്കെ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു പാവം ശിശു രുക്മിണി ദേവി തെറ്റിദ്ധരിച്ചു തന്റെ വിവാഹം കൃഷ്ണനായിട്ടാണെന്ന് അനുഗ്രഹിക്കാനായിട്ട് ബ്രാഹ്മണൻ കല്യാണത്തിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് തന്റെ മുറിയിലേക്ക് വന്നപ്പോഴാണ് രുക്മിണീദേവി അറിയുന്നത് വിവാഹം കൃഷ്ണനുമായിട്ടല്ല ശിശുപാലനായിട്ടാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണിട്ട് പറഞ്ഞു ഈ ജീവിതത്തിൽ ഞാൻ ശിശുപാലനെ സ്പർശിക്കില്ല എന്നെ അതിനനുവദിക്കരുത് ഒരുപക്ഷേ ശിശുപാലനാണ് എന്നെ കിട്ടുന്നതെങ്കിൽ അത് ഈ ശവത്തെയായിരിക്കും എനിക്ക് കൃഷ്ണനെ മാത്രമേ വേണ്ടൂ അതുകൊണ്ട് കൃഷ്ണനെ കല്യാണം കഴിക്കാൻ അവിടെ നിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ദേവി ഒരു കാര്യം ചെയ്യുക ഒരു എഴുത്ത സന്ദേശം തന്നേക്കും ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് ഇത് കേട്ടതും ദേവിക്ക് ഭയങ്കര ഉത്സാഹമായി ആവേശമായി ഉടനെ തന്നെ ഒരു സന്ദേശം തയ്യാറാക്കി ബ്രാഹ്മണനെ ഏൽപ്പിച്ചു അതിവേഗതയുള്ള രഥമെടുത്ത് ബ്രാഹ്മണൻ അതാ പുറപ്പെടുന്നു അവിടെ എത്തി ദ്വാരകയിലെത്തിയപ്പോൾ ഭഗവാനെന്ന് എങ്ങോട്ടും പോവാതെങ്ങനെ സിംഹാസനത്തിലിരിക്കുന്നുണ്ട് ആ തേജസ് കണ്ടൊന്ന് നോക്കി കൈകൂപ്പി നമസ്കരിച്ചു പറഞ്ഞു കേട്ടിട്ടുള്ളൂ കൃഷ്ണനെക്കുറിച്ച് കാർമ്മിക വർണ്ണമാണ് പിതാംബരധാരിയാണ് വനമാല ധരിച്ചവനാണ് മയിൽപ്പീലി ചൂടുന്നവനാണ് ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നേരിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നു ആ രൂപത്തെ കണ്ടുകൊണ്ട് കുറേ നേരം കണ്ണുകളിലേക്ക് നോക്കി നിന്ന് അപ്പോഴേക്കും ബ്രാഹ്മണനാണല്ലോ ക്ഷത്രിയൻ ചെന്ന് നമസ്കരിക്കണമെന്നല്ലേ പോയി നമസ്കരിച്ച് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പീഡത്തിലെത്തിയിട്ട് പറഞ്ഞു അവിടുന്ന് ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു പറഞ്ഞു അതേന്ന് ബ്രാഹ്മണ ധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ് സംതൃപ്തന്മാരും നിരഹങ്കാരികളും മനഃശുദ്ധിയുള്ളവരും ഭക്തന്മാരുമായിട്ടുള്ള ബ്രാഹ്മണരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് സംതൃപ്തൻ തന്നെയല്ലേ എന്ന് സംതൃപ്തിയില്ലാത്തവരെ ഞാൻ ബ്രാഹ്മണൻ എന്ന് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ബ്രാഹ്മണധർമ്മം പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു എന്തോ ഒരു വിഷമം മുഖത്തുണ്ടല്ലോ എന്തായാലും പറഞ്ഞോളൂ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം അങ്ങയുടെ നാട്ടിലെ രാജാവ് അങ്ങേ നോക്കുന്നില്ലേ നിങ്ങളുടെയൊക്കെ കാര്യം നോക്കുന്നില്ലേ ഉന്നെ പറഞ്ഞു ഭഗവാനേ ഇതെന്റെ വിഷമമല്ല എന്ന് പിന്നെ ആരുടെ വിഷമാണ് ഇതൊരു പെൺകുട്ടിയുടെ കാര്യമാണെന്ന് ഏത് പെൺകുട്ടിയുടെ കാര്യം അങ്ങായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അതെന്താ അങ്ങനെയൊരു കാര്യം എന്ന് തന്നിട്ടുണ്ട് ഒരെഴുത്ത് ദാപ്പിടിച്ചോളൂ എന്ന് ഭഗവാന് കൈവറയ്ക്കാൻ തുടങ്ങി ആദ്യമായിട്ടാണ് അവർ കത്ത് കിട്ടണത് ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ അവിടുന്ന് തന്നെ വായിച്ചാൽ മതി ഞാൻ കേട്ടോളാണ് അങ്ങനെ ബ്രാഹ്മണൻ കത്ത് വായിക്കുകയാണ് രുക്മിണി ദേവി പറയുന്നു എന്താ പറയണത് അൻപത്തി രണ്ടാം അധ്യായത്തില് രുക്മിണ്യുവാച രുമിണ്യി ആ കത്തിലൂടെ പറയുന്നു എന്താ പറയുന്നത് ശുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്കർണവിവരൈഹരതൊങ്കപം രൂപം ദൃശാന് ദൃശിമതാമകാത്തലാപം വിശദ ചിത്തമപത്രപേ ഭഗവാനെ അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ട് ശുത്വാ ഗുണാൻ ഗുണങ്ങളെ കേട്ട് എന്റെ എല്ലാ ദുഃഖങ്ങളെയും എനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്റെ മനസ്സിന് ധൈര്യം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് അല്പം പോലും ലജ്ജയില്ല ആരെന്ത് പറഞ്ഞാലും ലജ്ജ വിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് എൻ്റെ ഭർത്താവായി തീരണം ഞാൻ അവിടുത്തെ ഭാര്യയായി തീരട്ടെ എന്ന് എന്നിട്ട് പറഞ്ഞു അങ്ങയെ ആരാണ് സ്നേഹിക്കാതിരിക്കുക ആത്മതുല്യം തുല്യനാണ് അങ്ങെനിക്ക് എല്ലാം കൊണ്ടും ഞാൻ അങ്ങയുമായിട്ട് യോജിച്ചവളാണെന്ന് എനിക്ക് തോന്നുന്നു ഭഗവാനെ അതുകൊണ്ട് അവിടുന്ന് എന്നെ യോജിച്ചവളാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടുന്ന് എന്നെ സ്വീകരിക്കേണമേ എന്ന് പറയാണ് വീണ്ടും പറയുന്നു ഭഗവാനെ ഞാൻ വല്ല വ്രതങ്ങളും എടുത്തതിനൊക്കെ ശക്തിയുണ്ടെങ്കിൽ അതിനൊക്കെ അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ അങ്ങ് തന്നെ ഭർത്താവായി തീരണം ആ ശിശുപാലൻ എന്നെ തൊടാൻ പോലും സാധിക്കരുത് പക്ഷേ രുക്മിണീദേവി രുമിണി ദേവി തന്നെ ചിന്തിക്കുകയാണ് ഭഗവാന്റെ പക്ഷത്തിലിരുന്ന് കത്ത് അടിച്ചില്ലേ രുക്മിണി അതേ ഭഗവാനെ ഇനി കത്തൊക്കെ അടിച്ചിട്ട് ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ശിശുപാലം പറയൂ സാരല്ലേ കൃഷ്ണൻ നീ കല്യാണം കഴിച്ചോളൂ കത്ത് എന്റെ പേരിലിരുന്നോട്ടേ അങ്ങനെ നടക്കൂ എന്റെ രുക്മിണീദേവി നടക്കില്ലല്ലോ ഇല്ല അപ്പൊ എങ്ങനെ കല്യാണം കഴിക്കുക ഭഗവാനെ രാക്ഷസവിധി എന്നൊരു വിധിയുണ്ടല്ലോ ക്ഷത്രിയന്മാരുടെ ഇടയിൽ എന്ന് വെച്ചാൽ കത്ത് ആരുടെ പേരിലിരുന്നോട്ടെ കല്യാണ വെച്ച് പെണ്ണിനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന വിധിക്കാണ് രാക്ഷസവിധി അന്നത് പറഞ്ഞതായിരുന്നു ഇന്ന് തല്ലുകിട്ടു അങ്ങനെയൊക്കെ ചെയ്താൽ ഒരാളുടെ പേരിൽ കത്തും വേറൊരാളുടെ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയാൽ കേമായില്ലേ അപ്പോൾ ഉടനെ വീണ്ടും രുക്മിണി ദേവി ചിന്തിക്കുകയാണ് അല്ല രുണി ദേവി ഭഗവാന്റെ പക്ഷത്തിലിരുന്നിട്ട് ഞാനങ്ങനെ ശിശുപാലൻ കല്യാണം കഴിക്കാൻ നിശ്ചയിക്കുന്ന പന്തലിൽ വന്ന് രുക്മിണീ ദേവിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ശിശുപാലൻ ഇങ്ങനെ കയ്യടിച്ചുകൊണ്ട് പറയൂ കേമാവുണ്ട് കൃഷ്ണ കണ്ടോളി കൊണ്ടുപോകുപോയിക്കോളൂ എന്ന് അങ്ങനെ തപ്പോട്ടി അവിടെ വല്ലതും നടക്കൂ ആയുധം കൊണ്ട് പരസ്പരം വെട്ടിക്കൊല്ലില്ലേ പിന്നെ അടപ്രഥമന് വരെ വിളമ്പ് രക്തപ്രദമനായിരിക്കും അതുകൊണ്ട് അങ്ങനെ രക്തപ്പോൾ ഒഴുക്കിയിട്ട് വേണോ കല്യാണം അങ്ങനെയാണെങ്കിൽ അതും വേണ്ട ഭഗവാനെ അതിനുവരൊഴിവാക്കാൻ മാർഗമുണ്ട് അതെന്താണ് കല്യാണത്തിന്റെ തലേ ദിവസം കുലദേവി യാത്രയ്ക്ക് പോകും ഒരു ക്ഷേത്രത്തിൽ പാർവതീദേവിയെ തൊഴാൻ വേണ്ടി പോവും കല്യാണത്തിന്റെ തലേ ദിവസം അങ്ങനെ തൊഴുത് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഭഗവാനെ അവിടെ ആ സ്റ്റെപ്പിന്റെ അവസാനത്തെ പടിയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കൂ അങ്ങേ ആ സമയത്ത് എന്നെയും അങ്ങ് നോക്കണം ആ ദൃഷ്ടി എത്തുന്ന സ്ഥലത്ത് അങ്ങ് നിൽക്കണം എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്നെ അപഹരിച്ചു കൊണ്ടുപോയിക്കോളൂ സ്പോട്ട് വരെ എഴുതി കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട എന്ന് എന്നിട്ട് അവസാന എഴുതി ഇത്രയൊക്കെ തുറന്നെഴുതിയിട്ട് ഇനിയും അങ്ങ് വന്നില്ല ബാക്കിയുള്ള ആയുസിനെ ഞാൻ കഠിനമായ ചെയ്ത് തപിപ്പിച്ച് തപിപ്പിച്ച് തതിപ്പിച്ച് തപിപ്പിച്ച് ഈ ശരീരത്തെ ശോഷിപ്പിച്ച് ഞാൻ ശരീരം ഉപേക്ഷിക്കും എന്തിനു വേണ്ടി ഉപേക്ഷിക്കും ഇനിയും ഇനിയും അങ്ങയുടെ പത്നിയായി തീരാൻ വേണ്ടി മാത്രം അപ്പൊ അങ്ങനെ വീണ്ടും അവതരിക്കേണ്ടി വരും അതുകൊണ്ട് ഇത്രയും എഴുതി എന്നെ വേഗം കൊണ്ടുപോകാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് രുക്മിണി ദേവി കത്ത് നിർത്തി എന്ന് സ്വന്തം രുക്മിണി ഒപ്പും ഭഗവാൻ വളരെ സന്തോഷമായി ആദ്യമായിട്ടാണ് അങ്ങനെ കത്തൊക്കെ കിട്ടുന്നത് ഭഗവാൻ ബ്രാഹ്മണന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു സത്യം പറയാലോ മൂന്ന് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഉറങ്ങുമ്പോഴേക്കും രുക്മിണിയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് അസല തവണ അടിച്ചുവിട്ടതാ ഭഗവാൻ ഉറക്കേ വരാറില്ല ആ രുമിയുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങളെ വിട്ട് എങ്ങനെയാ കൊണ്ടുപോവുക എങ്ങനെയാ കൊണ്ടുവരിക എനിക്കാണിച്ചാൽ രുക്മിണി രുക്മിണി എന്ന് പറഞ്ഞാൽ അതേയുള്ളൂ എന്റെ മനസ്സിൽ അതുകൊണ്ട് ബ്രാഹ്മണ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പുറപ്പെടാന്ന് പറഞ്ഞിട്ട് ചടപ്പെടാമെന്നുള്ള അതിവേഗത്തിൽ ഓടുന്ന കുതിരകളെ പൂട്ടിയ രഥവുമായിട്ട് ഭഗവാൻ പുറപ്പെട്ടു ഭഗവാൻ വിദർഭയിലെത്തുന്നതിന്റെ കൂടെ തന്നെ ഇവിടെയാണെങ്കിലോ ഭഗവാൻ പുറപ്പെട്ട ശബ്ദകോലാഹലങ്ങൾ കേട്ട് ബലരാമസ്വാമി ഇറങ്ങി വരികയാണ് അവിടുത്തെ കാവൽക്കാരോട് ചോദിച്ചു എന്താ അവിടെ ഒരു ശബ്ദമൊക്കെ കേട്ടുമല്ലോ എന്ന് അപ്പൊ അവർ പറഞ്ഞ ഒരു കത്ത് വന്നിട്ടുണ്ട് അതിലെന്താ തട്ടിക്കൊണ്ടുവരി പ്രേമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു തട്ടിക്കൊണ്ടുവരൽ കേസാണ് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഉടനെ ഭഗവാൻ ബലരാമസ്വാമിക്ക് മനസ്സിലായി ഇത് രുക്മിണി ദേവിയെ അപഹരിക്കുന്ന കാര്യമാണെന്ന് അതുകൊണ്ട് വേഗം നമ്മളും പോവാന്ന് പറഞ്ഞിട്ടൊരു സൈന്യത്തെ എടുത്ത് ഭഗവാൻ ബലരാമസ്വാമി പുറപ്പെട്ടു വിദർഭയിൽ കൃഷ്ണൻ എത്തുമ്പോൾ തൊട്ടപ്പുറകിൽ ബലരാമസ്വാമിയുണ്ട് ഭഗവാനൊരു സംശയം കഴിഞ്ഞപ്പോ ബലരാമസ്വാമിക്കും കൊടുത്തിണ്ടാവോ കത്ത് കാലം അങ്ങനെയാണല്ലോ ഒരാൾക്ക് രണ്ടുപേർക്കും കത്ത് കൊടുത്തു കൂടായൂല്ല അങ്ങനെ നോക്കിയപ്പം ബലരാമസ്വാമി പറഞ്ഞു ഇല്ലേ കൃഷ്ണ എനിക്ക് കത്തൊന്നും തന്നിട്ടില്ല ഞാൻ നിന്നെ സഹായിക്കാമെന്നോ ക്ലിയറായി ഇനി കൺഫ്യൂഷനില്ല അക്കാര്യത്തിൽ അങ്ങനെ രണ്ടുപേരും അവിടെ എത്തിയപ്പോ വിദർഭരാജാവ് ഭീഷ്മകൻ വന്ന് ഭഗവാനെയും ബലരാമസ്വാമിയും എല്ലാ ആഡംബരങ്ങളും കൂട്ടി കൊണ്ടുപോയി അവരെ കൊണ്ടുപോകുമ്പോ അവിടുത്തെ ആളുകൾ കരുതി ഇതേ ആണ് വരെന്ന് ഭഗവാൻ കൃഷ്ണനാണ് വരെന്ന് നേരെ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ വരനിരിക്കാനുള്ള മണ്ഡപത്തിലാണ് സ്ഥലത്താണ് ഗൃഹത്തിലാണ് അവിടേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ശിശുവാഹലും തുടങ്ങി ആ രാജ്യമാണെങ്കിൽ ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് കല്യാണാണല്ലോ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു അന്നദാനം വസ്ത്രദാനം പലതും ദാനം ചെയ്ത് ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് ജനങ്ങൾ അറിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെന്ന് അവരെല്ലാം ഭഗവാനെ കാണാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്ന് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പോകുമ്പോൾ പറയും ഓഹ് രുക്മിണി ദേവിയെ പോലെ ഭാഗ്യം ചെയ്തൊരു കുട്ടി ലോകത്തിനുണ്ടാവില്ലേ കാരണം എത്ര സുന്ദരനാണ് ഇത്തിരി കറുത്തോട്ടെ എന്നാലും കുഴപ്പമില്ല എത്ര സുന്ദരനാണ് രുക്മിണി ദേവി നല്ല വെളുത്തിട്ടാണ് ഭഗവാൻ നല്ല കറുത്താണ് ഇത്ര സുന്ദരനായിട്ട് ഒരാളെ കാണാൻ പ്രയാസമാണ് ഭാഗ്യം ചെയ്തവളാണ് ഭാഗ്യം ചെയ്തവളാണെന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് ശിശുപാലനും ജരാസന്ദനും വരികയാണ് അപ്പൊ ജരാസന്ദൻ പറഞ്ഞു കണ്ടില്ലേ നിന്നെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത് ഇത്ര സുന്ദരനെ ലോകത്തിൽ കാണാൻ പ്രയാസമാണെന്ന് ജരാനന്ദൻ തെറ്റിദ്ധരിച്ച് ശിശുപാലൻ തെറ്റിദ്ധരിച്ച് എന്നെക്കുറിച്ചാണ് പറയേണ്ടത് എന്ന് അങ്ങനെ ശിശുപാലനും കൂട്ടരും അവിടെ എത്തി ഇനി രുക്മിദേവി യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് ഇപ്പൊ പോകുന്ന സമയത്ത് കല്യാണമൊക്കെയാണല്ലോ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു പിന്നെ വസ്ത്രങ്ങളൊക്കെ വലിയ വലിയ പട്ടുസാരികളൊക്കെ കുടിപ്പിച്ചു പിന്നെ മേക്കപ്പാണ് ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആണല്ലോ വലുത് എല്ലാം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം മാത്രം കാണില്ലേ ആരാണ് കല്യാണം കഴിക്കാൻ പോകേണ്ടത് ആഭരണവും കോലവും ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെണ്ണാണോ ആണാണോ എന്നുള്ളത് അത്രയും ആഭരണങ്ങൾ നോക്കും എത്ര ഭ്രാന്ത ആളുകൾക്ക് എന്നുള്ളത് ഏതായാലും ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻഡിച്ചർ വരും ഇപ്പൊ തന്നെ ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ഒരു പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് എല്ലാ പൂവൊക്കെ വെച്ചിട്ട് ഇറക്കാൻ അതും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പാർട്ടിക്ക് ഇതുപോലെ ഒരുക്കണം ആലോചിച്ചു അപ്പം എത്ര രൂപയാണ് ആളുകൾ ഇതിനൊക്കെ ചെലവഴിക്കുന്നത് എന്നുള്ളത് എന്നിട്ടോ ആളെ പഴയ ആൾ ഒരു വ്യത്യാസമില്ല ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി രുക്മിണി ദേവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വടക്ക് തിരിയും അവർ പറയും ഒന്ന് തിരിഞ്ഞിരിക്കും മുഖം എന്ന് എന്തായാലും മുഖം പോകുള്ളൂ എന്താച്ചാൽ ജലവാതിൽ അവിടെയാ ബ്രാഹ്മണൻ വരുന്നുണ്ടോ നോക്ക് അത് അവർക്ക് അറിയില്ലല്ലോ ബ്രാഹ്മണന് സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട് നോക്കെ ഇങ്ങനെ മുഖം തിരിഞ്ഞിരിക്കും ഇവർ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കഴുത്തിൽ തേക്കിണ്ട് തലയിൽ തേക്കിണ്ട് മുഖത്ത് തേക്കിണ്ട് ദേവി അതൊന്നും നോക്കുന്നില്ല ഇനി എന്ത് തേച്ചാലും കുഴപ്പമില്ല ദേവിക്ക് അങ്ങനെ മനസ്സ് മുഴുവൻ പുറത്ത് വെച്ചിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ശിശുപാലനെ തുടണ്ടി വരൂ ശിശുപാലന്റെ കൂടെ പോകേണ്ടി വരൂ അങ്ങനെ ഒരു യോഗം എന്റെ തലയിലുണ്ടാവൂ കൃഷ്ണൻ വരില്ലേ എന്നെ കൊണ്ടുപോവില്ലേ സന്ദേശം എത്തിയിട്ടുണ്ടാവൂ ബ്രാഹ്മണൻ കണ്ടിട്ടുണ്ടാവൂ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടാവൂ ഇങ്ങനെയൊക്കെ മനസ്സിങ്ങനെ വേവലാതി പോകുമ്പോൾ ഇവർ പറയും ദേവി ഒന്നും കൂടി തിരിയൂ ഞങ്ങളിതൊക്കെ ഒന്ന് കെട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും മുഖം തിരിക്കും അങ്ങനെ നോക്കുന്ന സമയത്തതാ ഇടയ്ക്ക് ദേവിക്ക് തന്നെ ഫീൽ ചെയ്തു കണ്ണിങ്ങനെ തുടിക്കുന്നതായിട്ട് ഇടത്തെ കണ്ണ് സ്ത്രീകൾക്ക് കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമായിട്ട് പറയും അതങ്ങനെയാണത്രേ ഇടത്തെ കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണം അത് എപ്പോഴും നല്ല ലക്ഷണം ആവണമെന്നില്ല തലയിൽ താരം വന്നാലും ഇടത്തെ കണ്ണ് തുടിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ല ലക്ഷണമായിട്ട് കരുതരുത് അവിങ്ങനെ ഇടത്തെ കണ്ട് തുടിച്ചതും ദേവിക്ക് മനസ്സിലായി എന്തോ ഒരു ഭാഗ്യം സംഭവിക്കാൻ പോകേണ്ടെന്ന് നോക്കുന്ന സമയത്തതാ ബ്രാഹ്മണൻ ദൂരെ നിന്നങ്ങനെ നടന്നു വരുന്നു പിന്നെ എല്ലാവരെയും തട്ടി മാറ്റിക്കൊണ്ട് ദേവി അവിടുന്ന റോട്ടാണ് ബ്രാഹ്മണന്റെ അടുത്തേക്ക് ബ്രാഹ്മണന്റെ അടുത്ത് നിന്ന് കൈകൂപ്പി നോക്കി കരുണയോടുകൂടിയിട്ട് എന്താ ഭഗവാൻ പറഞ്ഞതെന്ന് ആ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാം വരുന്ന വരവ് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ നല്ലത് നടന്നിട്ടുണ്ടെന്ന് ആ പുഞ്ചിരിയിൽ തന്നെ ദേവി സത്യം ചൗ വചനം ആത്മോപനയനം പ്രതി ഞാൻ സ്വീകരിക്കാമെന്ന് ഭഗവാൻ സത്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതും സന്തോഷം കൊണ്ട് ദേവി മതി എന്താ ഈ ബ്രാഹ്മണന് കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചു ആഭരണങ്ങളൊന്നും വിലയില്ലാത്ത വസ്തുക്കളാണ് ബ്രാഹ്മണന് കൊടുക്കാൻ ഏറ്റവും യോഗ്യമായിരിക്കുന്നത് എന്റെ പൂർണ്ണ നമസ്കാരമാണെന്ന് കരുതി ബ്രാഹ്മണന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു ദേവിക്ക് സന്തോഷമായി കാരണം ഭഗവാൻ വന്നു ചേർന്നു എന്നെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ദേവി അകത്തേക്ക് വരണോ പിന്നെ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും തേച്ചോളൂ എന്ന് എനിക്കൊരു വിരോധവും ഇല്ല അപ്പൊ അവര് ചെന്താദേവി ഏ ഒന്നുമില്ല നല്ലവണ്ണം ഉഗ്രനായിട്ട് മേക്കപ്പ് ചെയ്തോളൂ എന്ന് അപ്പൊ അവർ മേക്കപ്പൊക്കെ തുടങ്ങി പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മേക്കപ്പ് അത്ഭുതം തന്നെയാണ് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ കൊണ്ടുപോയി തയ്യാറായി ദേവിയെ കൊണ്ടുപോവാണ് ദേവീ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് കൊട്ടും വാദ്യവും കുരവിയും മംഗളമായിട്ട് അങ്ങനെ പാടിക്കൊണ്ട് അവർ പോകുന്നു ക്ഷേത്രത്തിലെത്തി ആ ക്ഷേത്രത്തിൽ വച്ച് എല്ലാവരും തോന്നുന്നു ദേവിയുടെ കല്യാണം മംഗളമായി മംഗളമായി നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്ത് ദേവിയും പ്രാർത്ഥിച്ചു ആരും കേൾക്കാതെ എന്താ പ്രാർത്ഥിച്ചത് നമസേ ത്വാംബികേ വിഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദം നമസേ ത്വാംബികേ ഭീഷണം സ്വസന്താനുതാം ശിവാം ഭൂയാൽപ്പതിർമ്മേ ഭഗവാൻ കൃഷ്ണസ്തനുമോദം അമ്മേ ദേവി അനുഗ്രഹിക്കൂ ഭഗവാൻ കൃഷ്ണൻ മാത്രം എനിക്ക് ഭർത്താവായി തീരട്ടെ വിവാഹം ഞങ്ങൾ തമ്മിൽ മംഗളമായി നടക്കട്ടെ ദേവി അതിനെല്ലാവരും എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് ഹൃദയം മുഴുവൻ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രുക്മിണി ദേവി പ്രാർത്ഥിച്ചു എന്നാണ് ആ സമയത്ത് അതാ ദേവി അവിടെ നിന്നും ഇറങ്ങി വരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങിയിറങ്ങി വരുമ്പോൾ പറഞ്ഞ സ്പോട്ടിലെത്തി ദേവി ഇനി ഭഗവാനെ കാണണം അതാണ് ഭഗവാനാണെങ്കിലും ദേവിയാണെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കല്യാണം നമ്മുടെ കേരളീയ രീതിയല്ല കേരളത്തിൽ മുഖം കാണാം നോർത്ത് ഇന്ത്യയിലൊന്നും മുഖം കാണില്ലേ കാരണം തലയിലൊരു വസ്ത്രം ഇടും ആ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ആളെ കാണൂല അപ്പൊ ദേവിക്ക് തോന്നി ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വസ്ത്രം മാറ്റണമെന്ന് അതിന് വസ്ത്രം മാറ്റാൻ എന്താ വേണ്ടത് തന്റെ കണ്ണിലേക്ക് മുടി വീണു കിടക്കണു എന്ന വ്യാജനക്കുറെ മുടി വീഴ്ത്തി അങ്ങോട്ട് എന്നിട്ട് ആ മുടിയെടുത്ത് മാറ്റാൻ വേണ്ടി വസ്ത്രത്തിന്റെ പുറത്തുകൂടെ കൈയ്യെടുത്ത് മുടിയൊക്കെ പിടിച്ച തട്ടും ഒരു നോട്ടവും രാജാക്കന്മാരൊക്കെ നോക്കിയിരിക്കുകയാണ് ശിശുപാലം പറയേണ്ടത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണാണെന്നൊക്കെ ജരാസന്ദൻ പറയുന്നുണ്ട് നീ നീ തന്റെ കല്യാണം കഴിക്കുന്നു പല രാജാക്കന്മാർക്കും പരിചയപ്പെടുത്തിക്കൊണ്ടു ഏ ആ പെണ്ണ്ണ് എന്നെ നോക്കിച്ചിരിക്കുകയാണ് അത് ആ വസ്ത്രമൊക്കെ മാറ്റിയതെന്ന് ശിശുപാലൻ ആ സമയത്ത് രുക്മിണീദേവി ഭഗവാനെ കാണുന്നു ഭഗവാനതായി ഇരുന്ന രഥത്തിൽ നിന്നൊരു ചാട്ടം മൂന്നാമത്തെ ചാട്ടത്തിൽ ഭഗവാൻ രുക്മിണീദേവിയുടെ കൈപിടിക്കുന്നു ഏ സുന്ദരി അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് കൈപിടിക്കുന്നു നേരെ എടുക്കുന്നു ചാടുന്നു തന്റെ രഥത്തിലേക്ക് കയറുന്നു അതിവേഗത്തിൽ പുറപ്പെടുന്ന സമയത്ത് ഉടനെ തന്നെ ജരാസന്ദൻ പറയാണ് കഷ്ടം കഷ്ടം നമ്മളാകുന്ന കുറുക്കന്മാരുടെ കൃഷ്ണനാകുന്ന സിംഹം കൊണ്ടുപോയില്ല എന്ന് ശിശുപാലൻ പറയാണ് ഉടനെ ജലാസന്ധം പറഞ്ഞ വിഡ്ഢിയ അങ്ങനെയല്ല പറയേണ്ടത് നമ്മളാകുന്ന സിംഹത്തിന്റെ ഇടയിൽ നിന്ന് കുറുക്കനാകുന്ന കൃഷ്ണൻ കൊണ്ടുപോയിന്ന് ഉടനെ ശിശുപാലൻ പറയും ഇപ്പൊ ഗ്രാമർ പറയേണ്ട സമയമല്ല പെണ്ണ് പോയിരിക്കുന്ന സമയമാണ് കത്ത് കയ്യിലുണ്ട് ഇനിയിപ്പോൾ പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി നീ ഈത്തം പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് പതിനേഴ് വട്ടം കൃഷ്ണനെ തോൽപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് നിനിക്കിപ്പോ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി പറഞ്ഞു നീ കരയാതിരിക്കണം നിനക്ക് പെണ്ണിലേക്ക് കിട്ടിയാൽ പോരെ ഞാൻ ജലാസന്തനാണെങ്കിൽ ഇപ്പോ കൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ട് ഇത് അതിന്റെ മുന്നിൽ രുക്മിണിയെ കൊണ്ടുതരും സത്യം എന്ന് പറഞ്ഞിട്ട് ജലാസന്തൻ ഇറങ്ങിപ്പോയി ആ സമയത്ത് ഏറ്റവും അപമാനിതനായി രുക്മിണിയുടെ സഹോദരൻ രുക്മി അവിടെ വെച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു രുക്മിണിയെയും കൃഷ്ണന്റെ തലയും കൊണ്ടല്ലാതെ ഇനി ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ കാലുവെക്കില്ല എന്ന് സത്യം സത്യം സത്യം എന്ന് പറഞ്ഞ് സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ഭഗവാനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു അങ്ങനെ സൈന്യം രണ്ടുപേരും മകതയുടെ ഏറെക്കുറെ തീരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ദ്വാരകയിലേക്ക് എത്താൻ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു അവിടെ വെച്ച് ഭഗവാൻ ബലരാമസ്വാമി ജരാസന്ദനും ഘോര യുദ്ധം പല ആയുധങ്ങളും വെച്ച് യുദ്ധം മറുവശത്ത് ഭഗവാനും ഭഗവാന്റെ എന്താണ് ബ്രദരിലോ അതായത് രുക്മിണിയുടെ സഹോദരൻ രുക്മിണി രുക്മിയും കൂടി യുദ്ധം അങ്ങനെ ഘോരമായ യുദ്ധത്തിൽ ഭഗവാൻ ബലരാമസ്വാമി ജരാസന്ദനെ തോൽപ്പിച്ചു ജരാസന്ദൻ വരുന്നുണ്ട് ശിശിപാലൻ കാത്തിരിക്കും ഇപ്പൊ ഉടനെ ശിശിപാലനോട് വിളിച്ചു പറഞ്ഞു നീയും രുക്മിയെപ്പോലൊരു മുണ്ട് കഴുത്തിലിട്ടിട്ട് തലയിലിട്ടിട്ട് പോരൂ എന്റെ കൂടെ എന്ന് കാരണം രുക്മിന് ഇനി വരില്ല അവർ പോയി കഴിഞ്ഞു വന്നു ഇനി ആരും കാണണ്ട നിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാനും രുക്മണിയും രുക്മിയും തമ്മിലുള്ള യുദ്ധമോ ഭഗവാൻ ആ രുമിയെ കെട്ടിയിട്ട് വാളെടുത്ത് ശിരസ് വെട്ടാൻ നേരത്ത് നോക്കുമ്പോ തന്റെ പാദങ്ങളിൽ വീണ് കണക്കുന്നു രുമിണീ ദേവി പറഞ്ഞു ഇത്രേലും സഹോദരനല്ലേ കൊല്ലരുത് ഭഗവാനെ വെറുതെ വിട്ടേക്ക് മാപ്പ് കൊടുക്കുക അയാൾക്ക് എന്ന് കേണം ഭഗവാൻ മാപ്പ് കൊടുക്കാണ് ഈ രംഗം കണ്ടുകൊണ്ടാണ് ബലരാമസ്വാമി വരുന്നത് ബലരാമസ്വാമി ഉറക്കം വിളിച്ചു അയ്യോ കഷ്ടം കഷ്ടം എന്റെ കൃഷ്ണ ഈ കല്യാണത്തിന്റെ ദിവസം തന്നെ വേണോ ബ്രദല്ലോ എന്റെ തലവെട്ടൽ ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോരെ ഇതാണ് ദേവി ക്ഷത്രിയന്മാരുടെ സ്വഭാവം വാളെടുത്താൽ പിന്നെ അവർക്ക് വെട്ടി അടങ്ങുള്ളൂ അതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നു അതുകൊണ്ട് ദേവി ഒരു കാര്യം ചെയ്യും ഇതിലൊന്നും വിഷമം വിചാരിക്കേണ്ട അതൊക്കെ സ്വഭാവമാണെന്ന് വിചാരിച്ചാൽ മതി ഭഗവാനാണെങ്കിലോ വാളെടുത്താൽ വെറുതെ വെക്കരുതെന്നാണ് അയാളുടെ മുടി എപ്പോഴേക്കും വെട്ടിയെടുത്തു ഭഗവാൻ ബലരാമസ്വാമി വിടൂ വിടൂ വെട്ടേക്കുകയാണേ ആ സമയത്ത് ദേവിയുടെ മുഖത്ത് നോക്കി ബലരാമസ്വാമി പറയാണ് അല്ലെങ്കിലും ദേവിക്കിത്ര ദുഃഖം വരാൻ കാരണം എന്താണ് സ്വന്തം സഹോദരനെ വെട്ടുന്നതിലല്ലേ ദുഃഖം ആ സ്ഥാനത്തെ ശിശുപാലനായിരുന്നെങ്കിൽ ക്ലാപ്പിയില്ലേ ദേവി കയ്യടിക്കില്ലേ ദേവി അവനവന്റെ ആളുകൾ പോകുന്നതിലെ ആളുകൾക്കൊക്കെ ദുഃഖമുള്ളൂ ദേവി എപ്പോഴും ആളുകൾ ദുഃഖിച്ചത് അതിലാണ് എന്ന് പറഞ്ഞ് ദേവിക്കൊരുപദേശവും കൊടുത്ത് പിന്നീട് അവിടെ നിന്ന് അവർ ദ്വാരകയിലേക്ക് പോയെന്നും അവിടെ വെച്ച് വിധിപൂർവം ഭഗവാൻ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞ രീതിയിൽ ഭഗവാൻ ദേവിയെ സ്വയംവര രീതിയിൽ വിവാഹം കഴിച്ചു എന്നാണ് കഥ ഇനി നമ്മൾ വിവാഹത്തിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് വിവാഹത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേദികളില്ല ക്രിസ്തു പള്ളികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇസ്ലാം മതത്തിലും പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഭാരതീയരായ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു നമുക്ക് അതുകൊണ്ട് മുത്തശ്ശനും മറ്റും ജീവിക്കുന്ന അച്ഛനും അമ്മയും ജീവിക്കുന്ന ജീവിതം കണ്ട് ആളുകൾ വളരുമായിരുന്നു പക്ഷേ ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് കല്യാണം കഴിച്ച് ഉടനെ വേറെ വീട് വെച്ച് പോകുന്നത് എങ്ങനെയാണ് കുടുംബജീവിതം കൊണ്ടു നടക്കേണ്ടതെന്ന് നല്ലൊരു ശതമാനം കുട്ടികൾക്കറിയില്ല അതുകൊണ്ടോ ഇന്ന് ഡൈവേഴ്സ് ഹിന്ദു സംസ്കാരത്തിൽ കൂടിക്കൂടി വരുന്നു കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമാണ് പിന്നെ രണ്ടും സോഫ്റ്റും ഹാർഡ്വെയർ അല്ല രണ്ടും ഹാർഡായി തീരുകയാണ് തമ്മിലടിയാണ് അതുകൊണ്ടൊരു കുട്ടി അച്ഛനോട് ചോദിച്ചു അച്ഛ കല്യാണം നടക്കുമ്പോൾ എന്തിനെ ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഷെയ്ക്കൻ കൊടുക്കണത് ഉടനെ അച്ഛൻ പറഞ്ഞു മോനെ അവര് കല്യാണ വെച്ച് കൈ കൊടുത്ത് കുലുക്കിക്കൊണ്ട് പറയാണ് ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അടികൂടാന്ന് അപ്പൊ അതെ ഒരു എക്സ്പീരിയൻസ് തുടങ്ങുകയാണ് അവിടെ വെച്ചിട്ട് പിന്നെ തുടങ്ങുക അടിയും കുത്തും ഒക്കെ നോക്കൂ നിങ്ങൾ എത്ര എത്ര കുടുംബങ്ങളാണ് കല്യാണം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യുന്നത് അടുത്ത ദിവസം ബോംബെയിലെ ഫാമിലി എന്നോട് പറയുമായിരുന്നു എന്റെ സ്വാമി എന്റെ മകള് കല്യാണം ഡൈവേഴ്സ് ചെയ്യാൻ പോകുമെന്ന് അതെന്താ കാരണമെന്ന് അമ്മായി അമ്മ അവളുടെ ക്യൂടെക്സ് എടുത്ത് പുരട്ടിയിരുന്നു ആലോചിച്ച് നോക്കും അമ്മായി അമ്മ എടുത്ത് പുരട്ടി പറഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യുന്ന കുട്ടികൾ ആ കുട്ടി എം സി കഴിഞ്ഞ കുട്ടിയാണ് എനിക്ക് അത്ഭുതമായി എന്താ പിന്നെ വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത് ഇതിലൊക്കെയാണ് മനസ്സിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടിങ്ങനെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല വിവാഹം നടക്കുന്ന സമയത്തൊരു സമർപ്പണമുണ്ട് പിന്നീട് ആ സമർപ്പണ ബുദ്ധി എന്തുകൊണ്ട് വരുന്നില്ല കാരണം വിദ്യാഭ്യാസം മനുഷ്യനിലൊരു ഈഗോ ഉണ്ടാക്കിവെക്കും അപ്പൊ ഞാനും വലുതാണ് ഞാൻ എന്തിന് സഹകരിക്കണം ഞാൻ എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ ചിന്തകളൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി വരും പണ്ട് വിദ്യാഭ്യാസമായിരുന്നില്ല നോക്കിയത് കുടുംബമെന്നൊരു സംസ്കാരത്തെ നോക്കിയിരുന്നു ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം ഒന്ന് ദൃഢമായ സ്നേഹം രണ്ട് അങ്ങേയറ്റത്ത് സഹകരണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ കുടുംബജീവിതം മുന്നോട്ട് പോണൂ സ്നേഹമില്ലെങ്കിൽ കുടുംബജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുപോലെ സഹകരണമില്ലെങ്കിൽ കുടുംബജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധ്യല്ല ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മളതിന്റെ പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഏതൊരു കുട്ടിയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വിവാഹത്തിന്റെ മുമ്പ് ചില മോഹങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം എന്റെ ഭർത്താവിന്റെ അമ്മ ഇങ്ങനെയായിരിക്കണം ഭർത്താവിൻ്റെ അച്ഛൻ ഇങ്ങനെയായിരിക്കണം അവരെന്നോട് ഇങ്ങനെ പെരുമാറണം ഞങ്ങളിങ്ങനെ ഒരു വീടെടുക്കും ഇതൊക്കെയായിരിക്കും എന്റെ വീടിന്റെ സങ്കല്പം കുടുംബ സങ്കല്പം എന്നൊക്കെ ഏതൊരാളും സ്വപ്നം കാണാറുണ്ട് മോഹം കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ മോഹിക്കുന്നതിൽ യാതൊരു തെറ്റൊന്നുമില്ല പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനമായ സത്യം നമ്മൾ ഓരോരുത്തരുടെ കൂടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു പരമസത്യം ഓരോരുത്തർക്കും സ്വതന്ത്രമായ ചിന്തകളും മോഹങ്ങളും ഉണ്ട് നമ്മൾ മോഹിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് മോഹിക്കാൻ സാധിച്ചൊന്നുമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റൊരാൾക്ക് ആഗ്രഹിക്കാൻ സാധിച്ചതൊന്നുമില്ല അപ്പൊ മനസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടും മനസ്സുകൾ തമ്മിൽ സംഘർഷമുണ്ടാവും അവിടെയാണ് ഒരാൾ സഹകരിക്കേണ്ടത് എത്രയാണ് സഹകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ മോഹങ്ങളെ സ്നേഹമാക്കണം സ്നേഹത്തെ ഭക്തിയാക്കി മാറ്റണം ഭക്തിയിലൂടെ ജീവിക്കുമ്പോൾ പിന്നെ ഭർത്താവിനെയും ഉൾക്കൊള്ളാൻ സാധിക്കും ഭാര്യയെയും ഉൾക്കൊള്ളാൻ സാധിക്കും കാരണം അതെല്ലാം ഭഗവത് നിശ്ചയമാണെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും അഞ്ചു പേര് വിവാഹം കഴിച്ച പാഞ്ചാലിയെ നമ്മൾ മറന്നു പോവരുത് അഞ്ച് വ്യത്യസ്ത സ്വഭാവ ഭർത്താക്കന്മാരെ പാഞ്ചാലിക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചത് ദൃഢമായ ഭക്തിയിലൂടെയാണ് കുന്തി പാഞ്ചാലിയും തമ്മിൽ എവിടെയും അമ്മായിമ്മ പോര് നടന്നിട്ടില്ല ആ അമ്മ പറഞ്ഞതുപോലെ നീ അഞ്ചുപേരുടെ ഭർത്താവായി തീ ഭാര്യയായി തീരുമെന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ സാധിച്ചത് ശരീരം കൊണ്ട് പാഞ്ചാലി ഭാര്യയായിരുന്നു മനസ്സുകൊണ്ട് പാഞ്ചാലി ഭാര്യയായിരുന്നില്ല മനസ്സുകൊണ്ട് പാഞ്ചാലി ഭഗവത് ഭക്തയായിരുന്നു പറയാണ് അതുകൊണ്ട് തളരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും പാഞ്ചാലി വിളിച്ചത് അർജുനനെയോ ഭീഷ ഭീമനെയോ പാഞ്ചാലി ഓരോ പ്രാവശ്യവും വിളിച്ചത് കൃഷ്ണനെയാണ് നീക്ക് കാണാം അഞ്ച് ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ പാഞ്ചാലി എന്റെ അർജുനേട്ടാന്ന് വിളിച്ചിട്ടില്ല എന്റെ ആര്യപുത്രാന്ന് വിളിച്ചിട്ടില്ല പാഞ്ചാലി ആ സമയത്ത് ഹൃദയത്തിൽ ഭക്തിയോടുകൂടി വിളിച്ചത് എന്റെ ഹൃദയേശ്വര ഭഗവാനേ നിന്നാണ് പാഞ്ചാലിയുടെ മനസ്സിൽ ഭക്തി ദൃഢമായിരുന്നു പറയാണ് അതുകൊണ്ടാണ് കുടുംബജീവിതം കലഹമില്ലാതെ കൊണ്ടുപോവാൻ പാഞ്ചാലിക്ക് സാധിച്ചത് ഇന്ന് ഭക്തി കുറയുന്നത് കൊണ്ടായിരിക്കാം കുടുംബജീവിതങ്ങളിൽ കലഹങ്ങൾ കൂടിക്കൂടി വരുന്നത് അതാരുടെ മിസ്റ്റേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ വെറും വിദ്യാഭ്യാസം വെറും ട്യൂഷൻ വെറും പഠനം അതിൽ മാത്രം മനസ്സ് വയ്ക്കുമ്പോൾ ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റാതെയോ എത്രയോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട് എത്രയോ എം പഠിച്ച കുട്ടികളെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസത്തേക്കാൾ വലത് ജീവിതമാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് കുറേ സ്നേഹം മാത്രമാണ് ഒരു സർട്ടിഫിക്കറ്റും ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു പക്ഷേ ശരിയായിരിക്കാം പക്ഷെ അതിനേക്കാൾ വലുതാണ് സ്നേഹമെന്നൊരു വികാരം അത് നിലനിർത്തണമെങ്കിൽ കുറെ സാക്രിഫൈസ് ചെയ്യണം അതിനെന്ത് വേണം ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ വ്യത്യസ്ത മനോവികാരങ്ങളുള്ള വ്യത്യസ്ത ആഗ്രഹങ്ങളുള്ള വ്യത്യസ്ത ചിന്തകളുള്ള ആളുകളുമായി സഹകരിക്കണമെങ്കിൽ മനസ്സിൽ നല്ലവണ്ണം ഭക്തി വേണം ദൃഢമായ ഭക്തി വേണം എല്ലാം ഭഗവാൻ തരുന്ന പരീക്ഷണങ്ങളാണെന്ന് സ്വീകരിക്കാൻ സാധിക്കണം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഡൈവേഴ്സ് ഉണ്ടാവില്ല പ്രിയാണ് മോഹങ്ങളെ സ്നേഹമാക്കണം സ്നേഹത്തെ ഭക്തിയാക്കണം ഭക്തിയിലാണ് ശക്തിയിരിക്കുന്നത് ശക്തിയുള്ളവർക്ക് എല്ലാം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സഹിക്കാനും സാധിക്കുള്ളൂ നമ്മുടെ പൂർവികന്മാരായ മുത്തശ്ശിമാര് അവരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും സ്നേഹം പറഞ്ഞു നടന്നിട്ടില്ല അവർ സ്നേഹത്തിൽ ജീവിച്ചവരാണ് നിങ്ങളുടെ മുത്തശ്ശിമാര് നിങ്ങൾ പറഞ്ഞു കേട്ടുണ്ടോ മുത്തശ്ശന്റെ കഴുത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ തോളിൽ പിടിച്ചിട്ട് ഐ ലവ് യു മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു മുത്തശ്ശനും ഇന്നേ പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് നമുക്കത് പറയുന്നതാണ് സ്നേഹം എന്നുള്ളതായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തിന്റെ ഒരു വാക്ക് പറയുന്നില്ലയാണ് അതെന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഓഫീസിലൊക്കെ പോയി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് പറയുന്നുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ലയാണ് മറ്റൊരാളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കണം മറ്റൊരാളെ ഉൾക്കൊള്ളാൻ സാധിക്കണം ഒരാള് ബിസിനസ് കാരണ പ്ലെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യും അധികം അങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് ഇയാൾ പരിചയപ്പെട്ടു ആ എയർ ഹോസ്റ്റസ്സിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് എയർ ഹോസ്റ്റസ്മാർ ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ പോവും ആര് വന്നാലും ഹായ് വെൽക്കം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ജോലിയിൽ നിൽക്കാൻ പറ്റില്ല ഇവളുടെ ചിരി കണ്ടപ്പോ പുഞ്ചിരി കണ്ടപ്പോ ഇയാൾക്ക് തോന്നി ഇവളെ അങ്ങോട്ട് കല്യാണം കഴിക്കുകയാണ് അങ്ങനെ അവളടുത്ത് സർവീസ് ചെയ്യാം വന്നപ്പോൾ ചോദിച്ചു നിന്റെ മാരേജ് കഴിഞ്ഞിട്ടോ ഏയ് അവൾ പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഞാനൊരു പ്രപ്പോസൽ വയ്ക്കട്ടെ എന്ന് എനിക്കറിയില്ല അച്ഛനോടും അമ്മയോടൊക്കെ കോൺടാക്ട് ചെയ്യുമെന്ന് എന്ന അഡ്രസ് തരുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കോൺടാക്ട് ചെയ്തപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല മുന്നോട്ട് പോകാന്ന് മനസ്സിലാക്കി അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ ഓഫീസിൽ നിന്ന് ടെൻഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇവൾ പുഞ്ചിരിച്ച് വീട്ടിലുണ്ടാവണം അത്രയാൾക്ക് മോഹൻ വേറെ ഒന്നുമില്ല വീട്ടിൽ സർവൻസ് ഉണ്ട് ഭക്ഷണം വയ്ക്കാൻ ആരും വേണ്ട കാരണം ബിസിനസ്സുകാരനാണ് പുഞ്ചിരിച്ച് വീട്ടിലിങ്ങനെ നിൽക്കണം പറഞ്ഞ നീ നിന്റെ തൊഴിൽ പോയിക്കോളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അങ്ങനെ അവളവളുടെ ഡൊമസ്റ്റിക് സർവീസിലാണ് അവൾ പോവും വൈകുന്നേരം ആവുമ്പോഴേക്ക് അവൾ തിരിച്ചെത്തും വീട്ടിൽ ഇദ്ദേഹം ഓഫീസ് വിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പം ഇവളുടെ മുഖണ്ടോ മത്തങ്ങ പോലെ പീർത്തിട്ടും ഇദ്ദേഹത്തിനങ്ങോട് കലി വരും ഇദ്ദേഹം അവിടെ വെച്ച് തലറിയിട്ട് പറയും നിനക്ക് കണ്ട നാട്ടുകാരോടൊക്കെ ചിരിക്കാന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോടൊന്ന് ചിരിച്ചുകൂടെയെന്ന് അപ്പൊ അവൾ കരഞ്ഞിട്ട് പറയും ഏട്ടനെങ്കിലും മനസ്സിലാക്കൂ രാവിലെ മുതൽ ചിരിച്ച് ചിരിച്ച് എന്റെ മസ്സിലൊക്കെ പെയിൻ എടുക്കണമെന്ന് അവൾ ശരിക്കില്ല ചിരിയല്ല ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ശരിയാണ് അപ്പൊ ആലോചിച്ചു നോക്കൂ മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരണം വരെ ജീവിതം ആനന്ദമാക്കി തീർക്കാം ഇവിടെ രുക്മിണി ദേവിയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കൊരവയിടുന്നത് കേട്ടില്ലേ അത് കരച്ചിലേക്ക് പോകരുത് എന്നും കൊരവയിടണൻ സാധിക്കണം എന്നും ആനന്ദമാക്കി തീർക്കാൻ സാധിക്കണം കൊരവ വരുന്നത് ആനന്ദത്തിൽ നിന്നാണ് ദുഃഖത്തിൽ നിന്നല്ല അല്ലെങ്കിൽ ചരവ പിന്നെ കൊര വേണ്ടാവില്ല പറയാണ് ആ രീതിയിലേക്ക് ജീവിതം പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണം എന്നും ജീവിതം മംഗളമാക്കി തീർക്കണമെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കും ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരുമാക്കി തീർക്കുന്ന ഭഗവത് ചൈതന്യം തന്നെ പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം ആ ഭഗവാനെ ത്വമേവ മാതാച്ചിതാ പ്രേമത്തോടുകൂടി ദിവസവും ഭജനം ചെയ്ത് ഭഗവത് പ്രേമത്തോടുകൂടി ജീവിക്കൂ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ശക്തി തരും ഓരോ പരീക്ഷണങ്ങളും ഭഗവാൻ തരുന്നതാണെന്ന് കാണും ജീവിതത്തിൽ വൈഷമ്യങ്ങൾ വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും അസ്വസ്ഥതകൾ വരും അതൊക്കെ ഭഗവത് പ്രസാദമായി കണ്ടുകൊണ്ട് ഭഗവത് പ്രേമത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ മരണം വരെ ദീർഘ സുമംഗലികളായിട്ട് ദീർഘ വിവാഹിതരായിട്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനെ എന്നും എന്നും നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാനെ വിവാഹം കഴിക്കാനും ശരീരം കൊണ്ട് ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നുമെന്നും ആനന്ദത്തിൽ ജീവിക്കാൻ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ വിവാഹ ചടങ്ങിലേക്ക് കടക്കുകയാണ് വിവാഹിതരാവാൻ പോകുന്ന പെൺകുട്ടികൾക്കെല്ലാം ഭഗവാൻ സംസ്കാര സമ്പന്നന്മാരായ ഭക്തന്മാരായിട്ടുള്ള അല്ലെ യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും അങ്ങനെ യോഗ്യതയുള്ള ഭാര്യമാരെ കിട്ടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജീവിതമെന്നും കല്യാണമാക്കി ആനന്ദമാക്കി മംഗളമാക്കി തീർത്ത് ജീവിതത്തിന്റെ യാത്ര പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ വിവാഹ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഭഗവാൻ വിധിപൂർവം രുക്മിണിദേവി വിവാഹം കഴിച്ചു എന്ന് ഭാഗം വായിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ